ഗുരു പരമദീശ്വര സോ മണ്ഡുക്യേഷ വൈദിക്രവനത്തിൽ 22 ആമത്തെ കാര്യിക ഇന്നീരോ ധൂനചോത്പത്തരു നബദ്ധോനചസതക നമമോക്ഷർണമൈ മുക്താ തേശ പരമസ്തുത മനോവികൽപ്പന മാത്രം ദ്വൈതമിതിരോധാദ്യാവ് പരമാർത്ഥത ദ്വൈതം മനോസ്പന്ദനമാണ് ദ്വൈതം അസത്യമാണ് അതുകൊണ്ട് പരമാർത്ഥത എന്താണ് ദ്വൈതം ഇല്ലാതിരിക്കലാണ് ദ്വൈതത്തിന്റെ ഇല്ലായ്മയാണ് അതാണ് പരമാർത്ഥത അതാണ് അദ്വൈതം എന്ന് പറഞ്ഞത് ും അദ്വൈതവും തമ്മിലുള്ള വൈരുദ്ധ്യത്തെ ഇവിടെ പരിഹരിക്കാണ് ദ്വൈതവും അദ്വൈതവും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളും സത്യമാണ് ദ്വൈതവും സത്യമാണെങ്കിൽ പരസ്പര വൈരുദ്ധ്യം വരും പിന്നെ രണ്ട് സത്യങ്ങൾ അത് ആവശ്യമില്ലാത്ത അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ് ദ്വൈതം അസത്യം അദ്വൈതം സത്യം രണ്ട് തമ്മിൽ വൈരുദ്ധ്യമില്ല ഒന്നു മാത്രമേ ഉള്ളൂ രണ്ടില്ല അതുകൊണ്ട് രണ്ട് തമ്മിലുള്ള വൈരുദ്ധ്യം വരുന്നില്ല രണ്ടെണ്ണത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ പരസ്പര വൈരുദ്ധ്യമില്ല ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ ദ്വൈതത്തിന്റെ അഭാവത്തെയാണ് ബോധിപ്പിക്കുന്നത് ശാസ്ത്രം അതിനോധിപ്പിക്കുന്ന ശാസ്ത്രത്തിന് പരമാവധി ബോധിപ്പിക്കാവുന്നതും അതാണ് അദ്വൈതത്തെ ശാസ്ത്രത്തിന് ബോധിപ്പിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞു അത് ശബ്ദവാക്യങ്ങൾ ശബ്ദം കൊണ്ടൊന്നും പറയത്തക്കതല്ലാതെ വിദ്യയും ദ്വൈത അഭാവിയും ശാസ്ത്ര വ്യാപാരവും അങ്ങനെയാണെങ്കിൽ ശാസ്ത്രപ്രവൃത്തി ഉപദേശം എന്തിനാണ് ബോധിപ്പിക്കുന്നത് ദ്വൈതത്തെയാണോ ദ്വൈതത്തെയാണോ ദ്വൈതത്തെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല കാരണം ദൈതത്തെ എല്ലാവർക്കും അറിയാവുന്നതാണ് ദൈത സർവ്വപ്രത്യക്ഷ സിദ്ധമാണ് അങ്ങനെ ഒരു ഗുരുവോ ശാസ്ത്രമോ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല പിന്നെന്തായിരിക്കും ദൈതത്തിന്റെ അഭാവത്തേ നാനാത്വത്തിന്റെ അഭാവത്തെ ആയിരിക്കും ശാസ്ത്രം ബോധിപ്പിക്കുന്നു അങ്ങനെ വന്നുകഴിഞ്ഞാൽ അദ്വൈതത്തെ പിന്നെന്താ ഇവിടെ ബോധിപ്പിക്കുന്നത് ആരുടെ എന്തുപദേശം കൊണ്ടാണ് അദ്വൈതത്തെ ബോധിക്കുന്നത് ശാസ്ത്രം ഉപനിഷത്ത് അതാണ് അദ്വൈതത്തിന് പ്രമാണമെന്നും പറയുന്നു അതെങ്ങനെ സംഭവിക്കും എന്നാണ് ഇവിടെ പറഞ്ഞെന്താണ് വിദേശ പരമാർത്ഥത നിരോധാദി അഭാവം നിരോധത്തിന്റെയും മറ്റും അഭാവമാണ് പരമാർത്ഥത എന്ന് പറയുന്നത് അഭാവത്തെ ശാസ്ത്രത്തിന് ബോധിപ്പിക്കാൻ പറ്റും ശാസ്ത്രത്തിന് നിഷേധാത്മകമായി പ്രവർത്തിക്കാൻ പറ്റും ഭാവാത്മകമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്നാണ് അദ്വൈതത്തെ ആര് ബോധിക്കുന്നു എങ്ങനെ ബോധിപ്പിക്കും അത് മാത്രമേ ഉള്ളൂങ്കിൽ ശബ്ദവും മറ്റ് വ്യവഹാരങ്ങളും എല്ലാം എങ്ങനെ അദ്വൈതത്തിൽ സംഭവിക്കും എന്തെല്ലാം ചോദിക്കുന്നതിന് തന്നെ സമാധാനം സർവത്തിന്റെ അഭാവം പറയുകയും സർവത്തിന്റെ അഭാവത്തെ ബോധിപ്പിക്കുന്ന വാക്കും അതിനെ ബോധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന കർണങ്ങളും അതെല്ലാം അസത്യമാണെന്ന് ബോധിപ്പിക്കുകയും അതിന്റെ സഹായത്തോടുകൂടി അസത്യത്തിന്റെ സഹായത്തോടുകൂടി അദ്വൈതത്തെ ബോധിക്കുകയും ചെയ്യുക എന്ന് പറയുന്നിടത്ത് വിരോധം പോലെ തോന്നും അതിന് സമാനം പറയുന്നു ശാസ്ത്രപോലെ ബോധിപ്പിക്കുന്നത് ദുവിധാഭാവമാണെങ്കിൽ അദ്വൈതത്തെ ആര് ബോധിപ്പിക്കും എന്താ ഉള്ളത് ഉപദേശം ബോധിപ്പിക്കും ഉപദേശിക്കണമെങ്കിൽ ഒരു വ്യക്തി വേണം ഗുരു ശിഷ്യ ഭേദം വേണം അതിന്റെ കർണങ്ങൾ ഗുരുവിലുണ്ടായിരിക്കണം ശിഷ്യനിൽ ശ്രമിക്കുന്നതിനുള്ള കർണങ്ങൾ വേണം വീണ്ടും അദ്വൈതം ഇവിടെ ഒരു പരസ്പര വൈരുദ്ധ്യം ഉള്ളതുപോലെ തോന്നുന്നു അനുസമാനം പറയുന്നു തഥാച സതി അദ്വൈത പ്രമാണഭാവ അതിശൂന്യവാദ പ്രസംഗം ദ്വൈത ദ്വൈതം അസത്യമാണെന്ന് പറഞ്ഞു അദ്വൈതത്തെ ബോധിപ്പിക്കുന്നതിനൊന്നുമില്ല അദ്വൈതം അല്ലാതെ മറ്റൊന്ന് ശേഷിക്കുന്നു അദ്വൈതത്തെ ബോധിപ്പിക്കാൻ ശബ്ദത്തിന് ശേഷിയില്ല ഗുരു വിശേഷിക്കണമെന്ന് പറയുന്ന ഭേദം ഇവിടെയില്ല കരണങ്ങളില്ല അദ്വൈതത്തെ ആരും എങ്ങനെ ഇവിടെ ബോധിപ്പിക്കും ദ്വൈതവും ഇല്ല ദ്വൈതം പറയുന്നു അതിനെന്ത്വരും ശൂന്യം ആത്യന്തികമായിട്ട് സർവശൂന്യമാണ് ശൂന്യവാദ പ്രസിദ്ധ ഈ കാണുന്ന ദ്വൈതം അസത്യമാണെന്ന് പറയുമ്പോൾ ശേഷിക്കുന്നത് ശൂന്യമാണെന്ന് വരും സത്തായ അദ്വൈതം ശ്രദ്ധിക്കത്തില്ല എന്നോ ഒരു ആക്ഷേപം പറയുകയാണ് അതെക്കുറിച്ച് ചിന്തിക്കുകയാണ് അദ്വൈതമെന്ന് പറയുന്നത് സത്യമാണോ അതെങ്ങനെ സാധ്യമാകും അതെങ്ങനെ ഉപദേശിക്കും അത്തരം കാര്യങ്ങൾ അദ്വൈതസിയ വസ്തുത്വേ പ്രമാണാഭവാതമുണ്ട് എന്നുള്ളതിന് പ്രമാണമില്ല ശബ്ദ പ്രമാണമില്ല മറ്റൊന്നുമില്ല അദ്വൈതത്തിൽ രണ്ടാമതൊന്നുമില്ല അവനുബോധിപ്പിക്കാൻ പ്രമാണമില്ല ശൂന്യവാദ പ്രസംഗം ശൂന്യവാദത്തിൽ സ്വീകരിക്കേണ്ടി വരും ബൌദ്ധമാരിൽ ഒരു വിഭാഗക്കാരെ സർവൈശൂന്യമാണെന്ന് പറയുന്നു ശൂന്യമാണ് പരമാർത്ഥമെന്ന് പറയുന്നു ദ്വൈതശിലാഭവ ദ്വൈതവും ഇല്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നു അത് ശരിയല്ല എന്ന രജ സർപ്പാതികൽപ്പനായ നിരാസ്പദത്വ അനുഭവം ഇത് മുമ്പ് തുടക്കത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തതാണ് ഇതിന് സമാധാനം പറഞ്ഞതാണ് വീണ്ടും ആ പ്രശ്നം വീണ്ടും എന്തിനു ചോദിക്കുന്നു എന്നാണ് ശിഷ്യനാണ് ചോദിക്കുന്നതെങ്കിൽ മറവി കൊണ്ട് ചോദിക്കാം എതിർവാദിയാണ് ചോദിക്കുകയാണെങ്കിൽ ദുരാഗ്രഹം കൊണ്ട് ചോദിക്കാം താൻ പറയുന്ന കാര്യം സമർത്ഥിക്കാൻ കഴിയാത്തതുകൊണ്ട് ഏതെങ്കിലും ഒരു പഴുതണ്ടോ താൻ പറയുന്നതാണ് ശരിയെന്ന് ബോധിപ്പിക്കാൻ വേണ്ടി അങ്ങനെ ചോദിക്കാം അതുകൊണ്ട് വീണ്ടും ഈ ചോദ്യം ചോദിക്കുന്നതിലർത്ഥമില്ല എന്തുകൊണ്ടാണ് ഇതിന് സമാനം മുമ്പ് പറഞ്ഞതാണ് രുചി സർപ്പാദി വകല്പനായ ആരോപങ്ങൾ കൽപ്പിതമായ വസ്തുക്കൾക്ക് ഒരാധാരം കൂടിയേ തീരും നിരാസ്പദത്വം അനുപത്തി ഒരധിഷ്ഠാനം കൂടാതെ ഒരു ആരോപം കണ്ടിട്ടില്ല പ്രപഞ്ചം അസത്യമാണെന്ന് പറയും ഈ പ്രപഞ്ച അസത്യത്തിന്റെ ആധാരം ഇതെവിടെ നിലനിൽക്കുന്നു ഇത് അസത്യമാണെന്ന് പറയുമ്പോൾ അസത്യമാണെന്ന് പറയുന്നവർ ഒരു കാര്യം കൂടി അംഗീകരിക്കുന്നു എന്താണോ അതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ അസത്യത്തിനൊരാധാരം വേണം അതാണ് സത്യം അപ്പൊ സത്യത്തെ ആശ്രയിച്ചേ അസത്യത്തിന് നിലനിൽപ്പുള്ളൂ അതുകൊണ്ട് പ്രപഞ്ചം അസത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ശൂന്യം വരത്തില്ല അതിന്റെ ആധാരമായി സത്യം സ്ഥിതി ചെയ്യും അതുകൊണ്ട് ഇതിന് സമാനം പറഞ്ഞതാണ് വീണ്ടും ഈ ചോദ്യം ഇതിന് ഉന്നയിക്കുന്നു എന്നാണ് പറയുന്നു രജ്ജുരവി സിപ്പ ശാസ്പൂത വികൽപിത ദൃഷ്ടാന്തന ചോദ്യം ചോദിച്ചയാൾ പറയുന്നു നിങ്ങളോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും എന്താ സമാ സമാനം പറയുന്നത് രജ്ജു സർപ്പം ഈ ദൃഷ്ടാന്തം ഞങ്ങൾക്ക് സമ്മതമല്ല നിങ്ങളീ പറയുന്ന കാര്യം എന്തുകൊണ്ട് സർവവും ശൂന്യമാണെന്നുള്ളതിന് രജ്ജു സർപ്പം തന്നെയാണ് ശരിയായ ദൃഷ്ടാന്തം അവിടെ എന്താണ് രജുവിൽ സർപ്പത്തെ കൽപ്പിച്ചിരിക്കുന്നു ആ രജ്ജുവോ അതും കൽപ്പിതമാണ് രജുസത്യം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും അദ്വൈതമനുസരിച്ച് രജുവും കൽപ്പിതമാണ് അങ്ങനെ നോക്കുമ്പോൾ സർവവും കൽപ്പിതമാണ് സർവവും അസത്യമാണ് ശിവനി മാത്രമേ ശേഷിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഈ ചോദ്യം വീണ്ടും ചോദിക്കുന്നത് രജു സർപ്പം എന്ന് പറയുന്നത് ശരിയായ ഒരു ദൃഷ്ടാന്തമല്ല സത്യത്തിൽ അസത്യത്തെ കല്പിക്കുന്നതിനൊരു ദൃഷ്ടാന്തമല്ല എങ്ങനെ സത്യമാകും അതും കല്പിതമാണ് പ്രപഞ്ചം ആകമേ ആകമേ കല്പിതമാണെങ്കിൽ രുജുവും കല്പിതമാണ് അസത്യമായ രുജുവിൽ അസത്യത്തെ ആരോപിച്ചിരിക്കുന്നു ശൂന്യത്തിൽ സർവത്തിയാരോപിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ യോജിക്കുന്നത് രജ്ജുരവി സർവികല്പ സർപ്പവികല്പ ആസ്പദ സർപ്പ ആരോപണം അതിനു ആധാരമായിരിക്കുന്ന രജ്ജുവും വികൽപിതേവാ അതും കല്പിതമാണ് ഇത് ദൃഷ്ടാന്ത അനുഭൂത്തി അതുകൊണ്ട് നമ്മൾ പറയുന്നത് ദൃഷ്ടാന്തം അത് ശരിയല്ല ഒന്ന് സത്യവും മറ്റൊന്ന് കല്പിതമാണെന്നുള്ളതിനാണല്ലോ രജി സർപ്പ ഉദാഹരണം പറയുന്നത് ശരിയല്ല രണ്ടും കല്പിതമാണ് സർവശൂന്യമാണെന്നുള്ളതിനാണിത് ദൃഷ്ടാന്തം പറയുന്നു അത് ശരിയല്ല വികല്പനാക്ഷേ ആ വികൽപിത ആവികൽപിതത്വ ദൈവസത്വപത്തെഹേ അത് ശരിയല്ല എവിടെയാണോ ഒരാരോപമുള്ളത് ദൃഷ്ടാന്തം എന്ന് പറയുന്ന എന്താണ് ദൃഷ്ടാന്തത്തിൽ ഏത് ഭാഗമാണോ ഏത് തത്വത്തെയാണോ അതിലൂടെ വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആ ഭാഗത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ദൃഷ്ടാന്തം എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് വേണ്ടിയുള്ളതല്ല രണ്ടുപക്ഷവും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ കല്പനയ്ക്ക് ആരോപത്തിനൊരു ദൃഷ്ടാന്തം പറയുകയാണ് വികല്പന ക്ഷരോപം ക്ഷയിക്കുമ്പോ അതിനാണ് ദൃഷ്ടാന്തം പറയുന്നത് അവികൽപിത അവിടെ ആരോപിതമല്ലാത്തത് അത് രജുവാണ് അതിനാണ് ഇവിടെ ഉദാഹരണം പറയുന്നത് എവിടെയാണോ ഒരു ആരോപണം സംഭവിക്കുന്നത് അവിടെ ആരോപ് സംഭവിക്കാത്തോ അത് നിലനിൽക്കുന്നു എന്നുള്ളതിനാണ് ആ ഉദാഹരണം പറയുന്നത് രജ്ജ് സത്യമാണോ അസത്യമാണോ എന്നുള്ളത് പിന്നീട് ചിന്തിക്കാൻ ആദ്യം ചിന്തിക്കേണ്ടതെന്താണോ എവിടെയാണോ ഒരു ഭ്രമം അല്ലെങ്കിൽ ആരോപ് സംഭവിക്കുന്നത് ആ ഭ്രമം നശിച്ചതിന് ശേഷം എവിടെയാണോ അത് സംഭവിച്ചത് നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ അതിനാണ് ഇവിടെ ഉദാഹരണം പറയുന്നത് എന്ന് പറഞ്ഞാൽ രജിസർപ്പം എന്ന് പറയുന്ന ആ ഒരു ദൃഷ്ടാന്തത്തിലൂടെ അദ്വൈതത്തെ സമർപ്പിക്കുകയല്ല അദ്വൈതമെന്ന് പറയുന്ന സ്വതസിദ്ധമാണ് ഏതെങ്കിലും ഒരു ദൃഷ്ടാന്തത്തിലൂടെയോ ഒരു യുക്തിയിലൂടെയോ ഒന്ന് സമർപ്പിക്കേണ്ട ഒരു കാര്യമല്ല അത് പരമാർത്ഥമാണ് സത്യമാണ് അത് ശബ്ദപ്രമാണത്തെ അനുസരിച്ചോ അല്ലെങ്കിൽ യുക്തിയനുസരിച്ചോ ഒന്നും നിലനിൽക്കുന്ന ഒരു തത്വമല്ല പരമാർത്ഥം എന്ന് പറയുന്നത് നിരപേക്ഷമായി നിലനിൽക്കുന്ന ഒന്നാണ് പക്ഷെ അതിനെ വ്യാഖ്യാനിക്കുന്നതിനും വിശദീകരിക്കുന്നതിനും വേണ്ടി ഒരു ദൃഷ്ടാന്തത്തെ സ്വീകരിക്കുകയാണ് ചർച്ചയ്ക്ക് വേണ്ടി മാത്രം ആ ദൃഷ്ടാന്തത്തിൽ തന്നെ അവിടെ എന്താണോ പറയാനുദ്ദേശിക്കുന്ന ഒരാശയം ആശയത്തിനു വേണ്ടി മാത്രമേ സ്വീകരിച്ചിരിക്കുകയാണ് ഇവിടെ എന്താണ് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് എവിടെയാണോ ഒരു ആരോപണം സംഭവിക്കുന്നത് സത്യമല്ലാത്ത അസത്യമായ രോഗം ആ രോഗം നശിച്ചതിന് ശേഷവും എവിടെയാണോ അത് സംഭവിച്ചത് ആസ്ഥാനം തന്നെ നിൽക്കുന്നത് അതിന് മാത്രമാണ് ഇവിടെ ഉദാഹരണം പറയുന്നത് രജു സത്യമോ അസത്യോ എന്നുള്ള ചർച്ചയല്ലേ അത് രജ്ജു സർപ്പം എന്ന് പറയുന്ന ഉദാഹരണത്തിന്റെ അത്രയും സംഭവിക്കുന്നുണ്ട് മറിച്ച് അവിടുത്തെ സർപ്പം അസത്യമായതുകൊണ്ട് പ്രപഞ്ചവും അസത്യമാണോ രജ്ജു സത്യമായതുകൊണ്ട് പ്രപഞ്ചവും സത്യമാണോ അങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഇത് അതാണ് വികല്പനാക്ഷയെ ആരോപം ക്ഷയിക്കുമ്പോൾ അികൽപിതസ്യ ആരോപിതമല്ലാത്തത് അധിഷ്ഠാനം അവികൽപിതത്വദേവസത്വം അത് ആരോപിതമല്ലാത്തതുകൊണ്ട് തന്നെ നിലനിൽക്കുന്നു രുജു ആരോപിതമല്ലാതുകൊണ്ട് നിലനിൽക്കുന്നു സർപ്പഭ്രാന്തി മാറിയാലും ഇത്രയും മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും ചോദിക്കുന്നു രജ്ജു സർപ്പവും അസത്വം ഇതിച്ച് അത് വീണ്ടും പറയുന്നു കേൾക്കുന്നതാണ് ഇത് ബോധിക്കുന്നില്ല ദ്വൈതം പറഞ്ഞു അത് മനസ്സിലാക്കാം പക്ഷേ ഈ അദ്വൈതമെന്ന് പറയുന്നു എന്തുകൊണ്ട് അസത്വമായി കൂടാ വീണ്ടും ചോദിക്കുകയാണ് അദ്വൈതം എന്ന് പറയുന്നു എന്നുള്ളൊരു കല്പന ആയിക്കൂട സർവവും കല്പനയാണെന്ന് പറയുന്നു ശബ്ദവും മനസ്സും ശരീരവും കാരണങ്ങളും എല്ലാം കല്പനയാണ് കല്പിതമായ ഇതിനെല്ലാം ആശ്രയിച്ചു കൊണ്ടാണ് അദ്വൈതത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നത് അതിലൊന്നിനെ നമ്മൾ കല്പനയായി സ്വീകരിക്കുന്നു ഭ്രാന്തിയായി സ്വീകരിക്കുന്നു അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് അദ്വൈതവും അതുപോലെ ഒരു കൽപ്പനയായി കൂടാ ഒന്ന് കൽപ്പനയും മറ്റൊന്ന് സത്യവും അങ്ങനെയാണ് രണ്ടും മനസ്സിന്റെ ചിന്തയും ഭാവനയും എല്ലാം പ്രത്യക്ഷമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദ്വൈതപ്രപഞ്ചം അതും വിശേഷിച്ച് സത്യമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ദ്വൈത പ്രപഞ്ചത്തെ യുക്തി കൊണ്ട് സമർത്ഥിക്കുകയാണെങ്കിൽ വെറും ഭാവനാരൂപത്തിലുള്ള ഈ ദ്വൈതരഹിതമായ അദ്വൈതം എന്ന് പറയുന്ന ഒരു ഭാവനയാണ് ഒരു കൽപ്പനയാണ് ചിന്തിക്കുകയാണ് അത് ആർക്കും അനുഭവപ്പെടുന്നു അതും എന്തുകൊണ്ട് അസത്വമായി കൂടാ ഈ പറയുന്ന രജിസർക്കത്തപ്പോൾ അതിനെ അതെന്താ സത്യമാകുന്നത് എങ്ങനെ സത്യമാകും എന്നാണ് അദ്വീതത്തെക്കുറിച്ച് അനുഭവമുണ്ടല്ലോ കേൾക്കുന്നതിന് അനുഭവമുണ്ട് പറയുന്നയാളിന് ഇനി അനുഭവം ഉണ്ടെങ്കിൽ തന്നെ കേൾക്കുന്ന ആളിനത് ബോധ്യപ്പെടുന്നില്ല സത്യമെന്ന് അനുഭവപ്പെടുന്ന ഒന്നിന് കൽപ്പനയെന്ന് സമർത്ഥിക്കാമെങ്കിൽ അങ്ങനെ അനുഭവപ്പെടാത്ത കേവലം ഭാവനയിൽ മാത്രം ചർച്ച ചെയ്യുന്ന ഒന്ന് അതും കൽപ്പന കൽപ്പനയെന്നുള്ള നിലയ്ക്ക് അതും എന്നാണ് സാറിന് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ദ്വൈതം അസത്യമാകുന്ന പോലെ അദ്വൈതം എന്ന് കൊണ്ട് അസത്യമായി കൂടാ ഒന്നിൽ മാത്രം ദുരാഗ്രഹം എന്തിനാണ് ദ്വൈതത്തെ അസത്യം ഒന്ന് സമർത്ഥിക്കുന്നതിനും അദ്വൈതം സത്യമൊന്ന് സമർത്ഥിക്കുന്നതിനും ഇതും കേവലമായൊരു ദുരാഗ്രഹമാകാമല്ലോ അങ്ങനെ ആകണമെന്നുണ്ടോ എന്നാണ് എന്നാ അത് ശരിയല്ല ഏകാന്തേന അികൽപിതത്വാ അവികൽപ്പിത രജ്വംശവ് സർപ്പാഭാവ് വിജ്ഞാന പറയുന്നു എവിടെയാണോ ആരോഗ്യം ഉള്ളത് ആ ഭാഗത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുക സർപ്പഭ്രാന്തി ഉണ്ടാകുന്നിടത്ത് ആ ഭ്രാന്തി നമ്മൾ അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത് കേവലം ഭ്രമമാണ് പക്ഷെ അങ്ങനെ ആ ഭ്രാന്തി ഉണ്ടായി ആ ഭ്രാന്തി നശിച്ചു നശിച്ചതിന് ശേഷം ബോധ്യപ്പെടുന്നുവെന്താണ് അവിടെ ആ ഭ്രാന്തിക്ക് ആധാരമായൊന്നുണ്ടായിരുന്നു അത് സത്യമായിരുന്നു ഒന്ന് ബോധ്യപ്പെടുന്നു ഭ്രാന്തി എവിടെയാണോ ഉള്ളിടത്തത് അവിടെ തന്നെ നമ്മൾക്ക് സത്യത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാവുന്നുണ്ട് അതുകൊണ്ടാണത് ഭ്രാന്തി ആണെന്ന് തിരിച്ചറിയും ഒരാൾ ഭ്രാന്തിയിൽ തന്നെ തുടരുന്നു എന്ന് ഇരിക്കട്ടെ അയാൾക്ക് സത്യത്തെ തിരിച്ചറിയാൻ നോക്കത്തില്ല ഭ്രാന്തി നശിച്ചു കഴിയുമ്പോഴാണ് അയാൾക്ക് മനസ്സിലാവുന്ന എന്താണോ ഇതുവരെ എന്റെ അനുഭവം അസത്യമായിരുന്നു ഇപ്പൊ എനിക്ക് ശരിയായ ബോധമുണ്ടായി അപ്പൊ ഭ്രാന്തി നശിക്കുമ്പോൾ ഒരാൾക്ക് സത്യബോധം ഉണ്ടാകുന്നുണ്ട് ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാവുന്നതാണോ ഭ്രാന്തി ഉണ്ടായിരുന്ന സമയത്തും സത്യം കൂടെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു സർപ്പഭ്രാന്തി നശിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നു ഞാൻ ഭ്രാന്തനായിരുന്ന ആ സമയത്തും അവിടെ സത്യം ഉണ്ടായിരുന്നു ആ സത്യത്തിലാണ് ഈ ഭ്രമം ഉണ്ടായത് അപ്പോ ഭ്രമാനുഭവം കൊണ്ട് എന്നതുതന്നെ തെളിവാണെന്ത് അവിടെ സത്യമുണ്ട് എന്നുള്ളത് സത്യമുള്ളതുകൊണ്ടാണ് ഈ ഭ്രമാനുഭവം ഉണ്ടാകുന്നത് ഭ്രമാനുഭവം ഉള്ളത് കൊണ്ട് കേവലം ഭ്രമം മാത്രമേ ഉള്ളൂ എന്നുള്ള കല്പനാ സംബന്ധമാണ് കാരണം എവിടെയെല്ലാം നമുക്ക് അത്തരം ഭ്രാന്തമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നു അവിടെയെല്ലാം നമുക്ക് ബോധ്യപ്പെടുന്നുണ്ടാണോ ആ ഭ്രാന്തിരിച്ചറിയുമ്പോൾ അവിടെ സത്യം നിലനിന്നിരുന്നു സത്യത്തിലാണ് ഈ ഭ്രാന്തമായ അനുഭവം ഉണ്ടായത് എന്ന് തിരിച്ചറിയുന്നു അതുകൊണ്ട് അദ്വൈതം ഒരിക്കലും കല്പനയല്ല കാരണം ഭ്രാന്തിയെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ ഭ്രാന്തിക്ക് ആധാരമായി അദ്വൈതം ഉണ്ടായാലേ പറ്റൂ അല്ലെങ്കിൽ ഭ്രാന്തി ഉണ്ടാകും ഇന്ന് നേരത്തെ പറഞ്ഞ എന്താണ് ഭ്രമത്തിനൊരു അധിഷ്ഠാനം കൂടിയേ തീരൂ അത് ഭ്രമമാകാൻ പാടില്ല അപ്പൊ ഉണ്ടായിരിക്കുന്ന സമയത്തും സത്യം അവിടെയുണ്ട് അപ്പൊ സത്യത്തിലാണ് ഭ്രഹ്മാനുഭവം അല്ല ഭ്രഹത്തിലല്ല അതുകൊണ്ട് അദ്വൈതമൊരിക്കലും ഭ്രമമാകാൻ വിവൃത്തിയില്ല അങ്ങനെ വന്നാൽ ഭ്രമം ഉണ്ടാകത്തില്ല അദ്വൈതത്തെയും ഭ്രമമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്ത് ആർക്കും ഭ്രഹാനുഭവം ഉണ്ടാകത്തില്ല ഭ്രഹ്മാനുഭവം ഉണ്ടാകുന്നുണ്ടോ എന്നാൽ അത് അദ്വൈതം സത്യം ഉണ്ട് എന്നുള്ളതിന് യുക്തി അതുകൊണ്ട് ദ്വൈതം പോലെ അദ്വൈതം ഒരിക്കലും ഭ്രമമല്ല എന്നൊക്കെ പറയുന്നത് ഏകാന്തത്വമാർ സത്യമാണ് അത് കൽപ്പിതമല്ല ആരോപിതമല്ല എന്ത് സത്യം അദ്വൈതം ഭ്രഹം അത് പാരമാർത്ഥികമായി നിലനിൽക്കുന്നതാണ് അത് കല്പിതമല്ല എപ്പോഴാണ് നമുക്ക് ഭ്രാന്തി ഉള്ളത് അവിടെ തന്നെ ഭ്രാന്തിരഹിതമായ ആ രജ്വംശം അതവിടെ അനുഭവപ്പെടുന്നുണ്ട് മുമ്പോട്ട് ചൂണ്ടിക്കാണിച്ചിട്ട് എന്താ പറയുന്നതാ ഇത് ഇത് ഈ കാണുന്ന ഭ്രമമാണ് അല്ലെങ്കിൽ ഇവിടെ എനിക്കുണ്ടായ ഭ്രമം നശിച്ച ഇവിടെ എനിക്കുണ്ടായ ഭ്രാന്തി മാറി എന്ന് പറയുമ്പോൾ ഇവിടെ എവിടെയാണോ ആ ഭ്രാന്തി മാറിയത് അതാണ് സത്യം ഏകാന്തം എന്ന് വെച്ചാൽ നിശ്ചിതമായി മാറ്റമില്ലാതെ പരമാർത്ഥമായി സത്യമായി എന്ന പേര് എന്ത് ഏകാന്തൻ അഭികൽപ്പ അദ്വൈതം പരമാർത്ഥമായും നിശ്ചിതമായും അനാരോഗിതമാണ് ഭ്രാന്തി അല്ല എന്നറിയും അദ്ദേഹവും ഭ്രാന്തി ആയിക്കൂടെ നമ്മഴിയില്ല അതിന് ഉദാഹരണം പറഞ്ഞു എപ്പോഴാണോ നമുക്ക് ആ ഭ്രാന്തി ഉണ്ടായിരുന്നത് അവിടെയും ആ രജ്ജു അംശം അതവിടെ ഭ്രാന്തി നിലനിൽക്കുന്നു എന്തുകൊണ്ട് ഈ ഭ്രാന്തമായിരിക്കുന്ന അവസരത്തിലും ്രമം നിലനിൽക്കുമ്പോഴും ഇവിടെ നമുക്ക് സത്യാനുഭവം നിലനിൽക്കുന്നു ജഗത്തിൽ തന്നെ സത്യാനുഭവം പ്രതീതമാകുന്നുണ്ട് ഈ ജഗത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സത്യാനുഭവം അത് തന്നെ പരമാർത്ഥം പരമാർത്ഥം ജഗത്തിലൂടെ അനുഭവപ്പെടുന്ന ജഗത് സത്യമായി തോന്നുന്നത് അതാണ് ഇത് ഇതാണ് ഇത് സർപ്പം എന്ന് തോന്നുന്നു അവിടെ ആ ബ്രഹ്മ അനുഭവത്തിലും ഇത് എന്നുള്ളൊരു സത്യത്തെക്കുറിച്ചുള്ള ബോധമുണ്ട് ആ ഇത് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുന്ന ഋജ്വംശത്തെയാണ് ഇത് സത്യമെന്ന് ഈ സർവത്തെയും അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും സത്യാനുഭവമുണ്ട് ആ സത്യത്തെയാണ് ഇതിലൂടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണോ ബ്രഹ്മാനുഭവം ഉള്ളത് അവിടെ സത്യാനുഭവമുണ്ട് പക്ഷെ അന്ന് വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല ഇന്നതാണ് സത്യം ഇന്നതാണ് അസത്യം എന്ന് വേർതിരിച്ചറിയാൻ പറ്റുന്നു രണ്ടും അവിടെയുള്ളു പ്രാക് സർപ്പാഭാവ വിജ്ഞാന സർപ്പാഭാവ വിജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പും നിങ്ങൾക്ക് സത്യത്തെക്കുറിച്ചുള്ള അനുഭവം ഉണ്ടാകുന്നത് അതിനാണ് ഇതെന്ന് നമ്മുടെ അറിയുന്നത് അങ്ങനെ പ്രപഞ്ചത്തെക്കുറിച്ച് പ്രപഞ്ചാനുഭവം ഉള്ളപ്പോഴും സത്യാനുഭവം നിങ്ങൾക്കുണ്ട് സത്യജിത്ത ഇവ പ്രപഞ്ചത്തിലൂടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതാണ് സത്യം പക്ഷെ അവിടെ വേട്തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്താണ് സത്യം എന്താണ് അസത്യം എന്ന് വേട് തിരിച്ചറിയാൻ പറ്റുന്നില്ല ആ വീട് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ശാസ്ത്രം അല്ല ഇല്ലാത്ത ഒരു അനുഭവത്തെ ഉണ്ടാക്കാനുള്ള നിലനിൽക്കുന്ന അനുഭവത്തെ തന്നെ വേട്തിരിച്ച് മനസ്സിലാക്കാനാണ് എന്ന് പറയുന്നത് ഹംസവും ഹംസം എങ്ങനെയാണോ പാലിനെയും വെള്ളത്തെയും തിരിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ പാലും വെള്ളവും ചേർത്ത് കഴിഞ്ഞാൽ അവിടെ എന്തിന്റെ അനുഭവമാണ് രണ്ടിന്റെ അനുഭവമാണ് പാലിന്റെ അനുഭവം ഉണ്ട് വെള്ളത്തിന്റെ അനുഭവം ഉണ്ട് പക്ഷെ വേടതിരിക്കാൻ പറ്റുന്നില്ല ഇന്നത് പാലാണ് ഇന്നത് വെള്ളമാണ് അതുപോലെ സത്യത്തിന്റെയും അസത്യത്തിന്റെയും അനുഭവം ഒരേ സമയം നനകെ വിവേകമില്ല വേടതിരിക്കാനും ഇന്നത് സത്യം ഇന്നത് അസത്യം മാറ്റമല്ല അവിടെ ഭ്രാന്തി സംഭവിച്ചു പോയി അസത്യത്തിൽ സത്യബുദ്ധിക്കും പ്രപഞ്ചത്തിൽ സത്യബുദ്ധിപ്പം അവിടെ വിവേകം കൊണ്ടെന്താണ് സംഭവിക്കുന്നത് ഈ സത്യം പ്രപഞ്ചത്തിന്റേതല്ല പ്രപഞ്ചത്തിന്റെ ആധാരത്തിന്റേതാണ് ഈ സത്യാനുഭവം അപ്പോ ഈ ഭ്രമത്തിന് അധീനമായിരിക്കുന്ന അവസ്ഥയിലും സത്യബോധമുണ്ട് എന്നാണ് അതുകൊണ്ട് സത്യം കൽപ്പിതമല്ല അത് പരമാർത്ഥമാണ് അതി അസത്യാനുഭവത്തിലൂടെ വെളിപ്പെടുന്നു എന്നോ പ്രപഞ്ചാനുഭവത്തിലൂടെ സത്യം പ്രകാശിക്കുകയാണ് പറയുന്നത് സർപ്പഭാവവിജ്ഞാനത്തിന് മുമ്പ് സത്യബോധം ഉണ്ടായിരുന്നു രജ്ജുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടായിരുന്നു രജ്ജുവിനെ കുറിച്ച് ലേശവും ബോധമില്ലെങ്കിലും സർപ്പഭ്രാന്തി ഉണ്ടാകില്ല ഭ്രാന്തി ഉള്ള സമയത്തെല്ലാം സത്യാനുഭവം ഉണ്ടെന്നാണ് അതുകൊണ്ട് അദ്വൈതം എന്ന് പറയുന്ന ഒരിക്കലും ഒരു കൽപ്പനയല്ല ഭാവനയല്ല അദ്വൈതാനുഭവം ഈ അസത്യാനുഭവങ്ങളുണ്ട് അതുള്ളതുകൊണ്ടാണ് ഈ ഭ്രമം ഇങ്ങനെ നിലനിൽക്കുന്നത് വിവേകം ഇല്ല എന്നുള്ളതാണ് വികല്പയുതു വികൽപന ഉത്പത്തേഹി സിദ്ധത്വ അഭ്യോമാഭ്രാന്തി ഭ്രമം അതിന്റെ ആധാരമായിരിക്കുന്നത് അതാ ഭ്രാന്തി ഉണ്ടാകുന്നതിന് മുമ്പും സിദ്ധമാണോ നിലനിൽക്കുന്നതാണോ സർപ്പഭ്രാന്തി ഉണ്ടാകുന്നതിന് മുമ്പും അവിടെ അതുണ്ടായിരുന്നു ഭ്രാന്തി അത് നശിച്ചു പോകും അതെന്നും നിലനിൽക്കുന്ന അതിന്റെ ആധാരം എന്നും നിലനിൽക്കുന്നതാണ് ഭ്രാന്തി ഉണ്ടായി നശിച്ചതിന് ശേഷം അത് നിലനിൽക്കുന്നു മുമ്പും നിലകുന്നിരുന്നു ഈ രണ്ടുപേലെങ്ങനെ കൽപ്പിതമാകും കൽപ്പനയുടെ ആധാരം കല്പിതമല്ല അതിനാണ് സത്യമെന്ന് പറയുന്നത് ഞാനിവിടെ പറയുന്നത് വികൽപ്പിച്ചു വികൽപ്പനത്തിന് ആരോഗ്യത്തിന് ആധാരമായിരിക്കുന്നത് ആ വികല്പം ഉണ്ടാകുന്നതിന് മുമ്പും നിലനിന്നിരുന്നു അതുപോലെ ഈ ജഗത്ഭം ജഗത അനുഭവം ഈ ജഗത് അനുഭവത്തിന് ആധാരമായിരിക്കുന്നത് എപ്പോഴും ഇവിടെ നിലനിൽക്കുന്ന സുഷുത്തി സുഷുതിയിൽ ജഗത അനുഭവം ഇല്ല പക്ഷേ ഈ ജഗതനുഭവത്തിന് ആധാരമായതെന്തോ അതവിടെ സുഷുയിലും ഉണ്ട് പൊള്ളുന്നതിന് ശേഷം മനസിലാവും എന്താണോ പൊള്ളുന്നതിന് ഇവിടെ ഭ്രാന്തി ഭ്രമം എന്നൊക്കെ പറഞ്ഞാൽ എന്താണോ തരിധരിക്കരുത് ഈ പ്രപഞ്ചാനുഭവം തന്നെയാണ് ഭ്രമം എന്ന് പറയുന്നത് നമ്മൾ ധരിച്ചിരിക്കുന്ന തരത്തിലുള്ള ഭ്രമ പ്രപഞ്ച അനുഭവം തന്നെ അതിന് സത്യമല്ലാത്തതുകൊണ്ട് അതിന് അങ്ങനെ ഒരു പേര് കൊടുത്തേ ഉള്ളൂ ഈ ജഗത അനുഭവം ഇല്ലാതിരുന്നൊരവസ്ഥയാണ് സുഷൃത്തി സുഷൃതിയിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ ജഗത് ഉണ്ടാകും അയാൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കുന്നു ആ സത്യം ഈ അനുഭവം ഉണ്ടാകുന്നതിന് മുമ്പും നിലനിന്നിരുന്നു ഇവിടെ സുഷൃത്തിയിലും ിരുന്ന് ജാഗ്രതിരുന്ന് ഒരാളിത് ബോധിക്കുന്നു ഇത് അസത്യമാണ് ഈ അനുഭവം ഉണ്ടാകുന്നതിന് മുമ്പേത് അത് നേരത്തെ പറഞ്ഞു സുഷുപ്തി സമാധി തുടങ്ങിയ അവസ്ഥകളിൽ പ്രപഞ്ചാനുഭവമില്ല പക്ഷെ അവിടെ സത്യം നിലനിൽക്കുന്നു ആ സത്യത്തെയാണ് നമ്മൾ സുഷൃപ്തി എന്നും സമാധി എന്നെല്ലാം വിളിക്കുന്നത് ആ സത്യമാണ് അതെങ്ങനെ കൽപ്പിതമാകും അതങ്ങനെ ആരോപിതമാവും അതങ്ങനെ ഭ്രമമാകും അത് ഭ്രമമായിരുന്നെങ്കിൽ അങ്ങനെ ഒരു അനുഭവം പ്രപഞ്ചാനുഭവരഹിതമായ ഒരു സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല അതുണ്ടല്ലോ അതുകൊണ്ട് ഈ വകല്പനയ്ക്ക് ആധാരമായിരിക്കുന്ന എന്തോ അത് സത്യമാണ് അതിനെ ആശ്രയിച്ചിട്ടാണ് ഈ പ്രപഞ്ചാനുഭവം ഉണ്ടാകുന്നത് അതിനെ ആശ്രയിച്ചിട്ട് ഈ പ്രപഞ്ചാനുഭവം അസത്വനുഭൂതി അതുകൊണ്ട് അദ്വൈതം അസത്യമാണ് എന്ന് കൽപ്പിക്കരുത് എന്ന് നിങ്ങൾ കൽപ്പിച്ചാൽ ആ കല്പനയ്ക്ക് ആധാരമായി എന്താണോ ഇരിക്കുന്നത് അതിനാണ് അദ്വൈതമെന്ന് പറയുന്നത് എന്തും കൽപ്പിക്കാം മനസ്സുകൊണ്ട് സത്യത്തെ കല്പിക്കാം അസത്യത്തെ കല്പിക്കാം ഭ്രമത്തെ കല്പിക്കാം എന്തും മനസ്സുകൊണ്ട് കൽപ്പിക്കാം മനസ്സിന് സർവത്തിനുള്ള ശേഷിയുണ്ട് ആ ശേഷിക്കാധാരമായിരിക്കുന്നെന്തോ അതിനാണ് ഇവിടെ സത്യം എന്ന് പറയുന്നത് അത് നിങ്ങളുടെ ഈ കല്പനകൾ നിലനിന്നാലും ഈ കല്പനയൊന്നും ഇല്ലെങ്കിൽ സത്യം അങ്ങനെ അനു സ്ഥിതി ചെയ്യുന്നു അതിന് ഉദാഹരണമായിട്ടാണ് സുശക്തി അവിടെ കല്പനയൊന്നുമില്ല പക്ഷെ അവിടെയും നിലനിൽക്കുന്നു കൽപ്പന ശൂന്യമായി ഒന്നവിടെ നിലനിൽക്കുന്നു അതുകൊണ്ട് അദ്വൈതം കല്പിതമല്ല ഭാവനയല്ല എല്ലാ ഭാവനകൾക്കും ആധാരമായിരിക്കുന്നതിനാണ് അദ്വൈതം എന്ന് പറയുന്നത് കഥം പുനഃസ്വരൂപി വ്യാപാര ഭാവി ശാസ്ത്ര ദ്വൈതവിജ്ഞാന നിവർത്തകത്വം ശാസ്ത്രം അല്ലെങ്കിൽ ഉപദേശം അതുകൊണ്ടാണല്ലോ സത്യത്തെ ബോധിക്കേണ്ടത് പക്ഷെ നേരത്തെ തന്നെ പറഞ്ഞ എന്താണ് ശബ്ദത്തിന് അദ്വൈതത്തെ വെളിപ്പെടുത്തുന്നതിനുള്ള ശേഷിയില്ല കാരണം ശബ്ദശക്തിക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുന്നില്ല സ്വരൂപെ വ്യാപാരഭാവെ അദ്വൈതത്തിൽ പരബ്രഹ്മത്തിൽ പരമാർത്ഥ തത്വത്തിൽ ശബ്ദത്തിന്റെ ശക്തി എത്തിച്ചേരുന്നില്ല ശബ്ദം അവിടെ നിന്ന് പിന്തിരിയുന്നു എന്നെല്ലാം പറയും ശബ്ദം അതിന്റെ ശക്തിയിലൂടെയാണ് അർത്ഥത്തെ ബോധിപ്പിക്കുന്നത് അദ്വൈതത്തെ ബോധിപ്പിക്കാൻ അതിനുശേഷം എന്തുകൊണ്ട് എന്തെങ്കിലും ഒരു ധർമ്മം ഒരു ഗുണം അതെല്ലാം നേരത്തെ ചർച്ച ചെയ്താണ് സുക്രിയ തുടങ്ങിയ കാര്യങ്ങൾ ഉള്ള ഒന്നിനെ മാത്രമേ ശബ്ദം കൊണ്ട് ബോധിപ്പിക്കാൻ പറ്റൂ ഉദാഹരണങ്ങളെല്ലാം നേരത്തെ ചർച്ച ചെയ്തു ഇവിടെ എന്താണോ ഗുണം ക്രിയ ഒന്നും നിലനിൽക്കാത്ത നിർധർമ്മകമായ ഒരു ധർമ്മവും നിലനിൽക്കാത്തതായ ഈ അദ്വൈതം അവിടെ ശബ്ദം എങ്ങനെ പ്രവർത്തിക്കുക പ്രവർത്തിക്കത്തില്ല പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ ദ്വൈത വിജ്ഞാനം ഇതിനെ എങ്ങനെ ശബ്ദത്തിന് ഇല്ലാതാക്കാൻ അദ്വൈതത്തെ ബോധിപ്പിക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു പക്ഷെ ദ്വൈതത്തെ നിവർത്തിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു നേതി എന്നിങ്ങനെ ദ്വൈതത്തെ നിവർത്തിപ്പിക്കാൻ കഴിയും അതും സാധ്യമല്ല കാരണം അദ്വൈതത്തിന് ശബ്ദത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത കൊണ്ട് തന്നെ ദ്വൈതത്തെ ഈ ശബ്ദത്തിന് ശേഷിയില്ല എന്ന് പറഞ്ഞാലോ ർപ്പാധിമതാത്മനി അധ്യസ്ഥത്വം ദ്വൈതം എന്ന് പറയുന്നത് അവിദ്യ കൊണ്ട് കല്പിതമാണ് നേരത്തെ പറഞ്ഞുള്ള അത് മനഃസ്പന്ദനമാണ് അവിദ്യയാൽ കൽപ്പിതമാണ് അവിദ്യ കൊണ്ട് ഏതുപോലെ രജ്ജുവിനെ സർപ്പം പോലെ അവിദ്യ കൊണ്ട് കല്പിതമായതുകൊണ്ട് ആരോപിതമായത് കൊണ്ട് അതിനെ നിഷേധിക്കാൻ പറ്റും ശബ്ദത്തിന് ദ്വൈത വിജ്ഞാനത്തെ നോർത്തിപ്പിക്കാൻ പറ്റും അത് സത്യമായിരുന്നെങ്കിൽ ശബ്ദം കൊണ്ടിരിക്കലും മാറ്റാൻ പറ്റത്തില്ലായിരുന്നു നമുക്കറിയാനോ ഒരു സത്യം അതിനെ ശബ്ദം കൊണ്ട് നമുക്ക് നിഷേധിക്കാൻ നോക്കത്തില്ല പുസ്തകം ഇത് വ്യാവഹാരികമായ ഒരു സത്യമാണ് ശബ്ദം കൊണ്ട് ഞാൻ പറയണത് പുസ്തകമല്ല എന്ന് പറഞ്ഞ് ഇതല്ലാതാകുന്നില്ല വസ്തു അതായിട്ട് തന്നെ ഇരിക്കുന്നു പക്ഷേ പ്രപഞ്ചം അങ്ങനെയല്ല പ്രപഞ്ചം മൊത്തത്തിൽ എന്താണ് ശ്രുതി ബോധിപ്പിക്കുന്ന നേതി നേതി എന്നാ ഇത് പരമാർത്ഥമല്ല എന്നാ ബോധിപ്പിക്കുന്നു പരമാർത്ഥമല്ല എന്ന് ബോധിപ്പിക്കുന്നതിന് ശബ്ദത്തിന് ശേഷിയുണ്ട് എന്തുകൊണ്ടത് പരമാർത്ഥമല്ലാത്തതുകൊണ്ട് തന്നെ പരമാർത്ഥമല്ല എന്നുള്ളതിനാണ് കല്പിതം എന്ന് പറയുന്നത് ആരോപിതമെന്ന് പറയുന്നത് പരമാർത്ഥമല്ലാത്ത ഒന്നിനെ ശബ്ദം പരമാർത്ഥമല്ലെന്നാണ് ബോധിപ്പിക്കേണ്ടത് അതാണ് സത്യം അതുകൊണ്ട് ശബ്ദത്തിനതിനു ശേഷിയുണ്ട് കല്പിതത്തെ കല്പിതമെന്ന് ബോധിപ്പിക്കാനും സത്യത്തെ സത്യമെന്ന് ബോധിപ്പിക്കാനും ശബ്ദത്തിന് കഴിയും അതൊരു സാധാരണ കാര്യമാണ് അതുപോലെ ഈ ആത്മാവിനെ തന്റെ സ്വരൂപത്തെ അതിലുള്ള കല്പനകളെ നീക്കിയിട്ട് ശബ്ദത്തിന് ബോധിപ്പിക്കാൻ കഴിയുന്നു ബോധിപ്പിക്കാൻ കഴിയുന്നു അതിങ്ങനെ ബോധിപ്പിക്കുന്നു കഥം അഹം ദുഃഖിമൂഢോ ജാതോ മൃതോ ജീർണോ പശ്യാമി ശ്രണോമി വ്യക്തീ സംയുക്തോ വിനോ ബദ്ധോഹം മമ ഏതെ സർവേ അധ്യാരപ്യന് പ്രപഞ്ചാനുഭവം എന്ന് പറയുന്നത് ഇതാണ് ബാഹ്യമായ സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയൊന്നും കാണുന്നതല്ല പ്രപഞ്ചാനുഭവം എന്ന് പ്രധാനമായി വരുന്ന പ്രപഞ്ചാനുഭവം എന്താണ് അഹം ഞാൻ ഇതാണ് ദുഃഖി ഞാൻ ദുഃഖിയാണ് തന്നെ കുറിച്ച് പറയു പരമാർത്ഥമായ താൻ പരമാർത്ഥമാണ് തന്നിന് സുഹൃക്കാതി തുടങ്ങിയ വികാരങ്ങളില്ല എന്ന് തിരിച്ചറിയാതെ തന്നെ ആരോപിക്കണം എന്നിട്ടതിന് പറയുന്നു അനുഭവപ്പെടുന്നു മൂഢ ഞാൻ മൂഢനാണെന്നറിയുന്നു ജാത ഞാൻ ജനിച്ചവനായി അറിയുന്നു മൃതഹ മരിച്ചു എന്നറിയുന്നു ജീർണ ജീർണിച്ചിരിക്കുന്നു ജനനതുകൊണ്ട് തന്നെ ഞാൻ മരിച്ചിരിക്കുന്നു എനിക്ക് ദേഹമുണ്ട് ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അനുഭവങ്ങൾ അഹം പശ്യ മീ ഞാനതാ കാണുന്നു അഹം ശനോ മീ ഞാൻ കേൾക്കുന്നു വ്യക്ത അവ്യക്തഹ ഞാനിതാ എന്നെ അറിയുന്നു എനിക്കെന്നെ യഥാർത്ഥത്തിൽ അറിയാൻ കഴിയുന്നില്ല ഞാൻ എനിക്ക് അവ്യക്തനായിരിക്കുന്നു പറയാറുണ്ടല്ലോ ഞാൻ അജ്ഞനാണ് എന്റെ സ്വരൂപം എന്താണെന്ന് എനിക്ക് ബോധിച്ചിട്ടില്ല അങ്ങനെ നമ്മൾ പറയാറുണ്ട് എന്റെ സ്വരൂപം എനിക്ക് ബോധിച്ചു എന്ന് പറയുന്നു ബോധിച്ചിട്ടില്ല എന്ന് പറയുന്നു ഇതെല്ലാം കൽപ്പനകളാണ് കറുത്ത ഞാൻ ചെയ്യുന്നവനാണ് ബലി ഞാൻ ഫലത്തോട് കൂടിയവനാണ് സുഹൃദുഖാദി ഫലങ്ങളോട് കൂടിയിരിക്കുന്നവനാണ് സംയുക്ത വിയുക്ത ഞാനിപ്പോൾ ഫലത്തോട് ചേർന്നു ഞാൻ ഫലത്തിൽ നടന്നുപോയി സംയോഗവിയോഗങ്ങൾ ക്ഷീണ ഞാൻ ക്ഷീണിച്ചിരിക്കുന്നു വൃദ്ധ ഞാൻ വൃദ്ധനായിരിക്കുന്നു നമ്മ ഈ തെ ഇത് സർവവും എന്റേതാണ് ഇങ്ങനെയുള്ള ഈ അനുഭവങ്ങൾ സർവവും സർവേ ആത്മനി അധ്യാരോപ്യന് ഇതെല്ലാം തന്നെ താൻ കൽപ്പിക്കുകയാണ് തന്നിൽ കൽപ്പിക്കുമ്പോൾ താനാണ് പരമാർത്ഥം തന്നെ കൽപ്പനകൾ ഇത് അസത്യമാണ് ഇതാണ് നേരത്തെ പറഞ്ഞ് ഇത്യേഷ പരമാർത്ഥത താൻ പരമാർത്ഥമാണ് താൻ തന്നെ തന്നിൽ ആരോപിക്കുന്ന ഇതെല്ലാം കല്പിതങ്ങളാണ് ആത്മാ ഏതും അനുഗത സർവത്ര അന്ത്യഭിചാര ഈ അനുഭവങ്ങളിലെല്ലാം അനുഗതമായിരിക്കുന്നത് അനുസ്യൂതമായിരിക്കുന്ന എന്താണ് ഞാൻ ആത്മാ അതനിശ്ചിതമായിരിക്കുന്നു എല്ലാ അനുഭവങ്ങളിലും ഞാനുണ്ട് എന്നെ ആശ്രയിച്ചിട്ടാണ് സർവ്വാനുഭവങ്ങളും നിലനിൽക്കുന്നത് എന്നിലാണ് സർവ്വാനുഭവങ്ങളും നിലനിൽക്കുന്നത് അപ്പൊ എന്നും നിലനിൽക്കുന്ന ഈ അനുഭവങ്ങളെല്ലാം എന്റെ തന്നെ കൽപ്പനയാണ് ഈ അനുഭവങ്ങൾ മാറി മാറി മാറി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഈ കൽപ്പനകളൊന്നും തന്നെ സത്യമല്ല ഈ കൽപ്പനകളെല്ലാം മാറാത്ത എന്നിൽ നിലനിൽക്കുന്നുണ്ട് ഏതേശു അനുകഥ എല്ലാ കല്പനകളിലും ആധാരമായിരിക്കുന്ന ഞാൻ എനിക്ക് മാറ്റമില്ലാത്തതുകൊണ്ട് ഞാൻ സത്യമാണ് മാറ്റമില്ലാത്തത് കൊണ്ട് ഞാൻ അദ്വൈതമാണ് മാറിക്കൊണ്ടിരിക്കുന്നതെല്ലാം ദ്വൈതമാണ് അദ്വൈതം ദ്വൈതമെന്ന് പറയുന്നത് അങ്ങനെയും മനസ്സിലാക്കും എല്ലാ അനുഭവങ്ങളിലും മാറാതിരിക്കുന്നു അതുകൊണ്ട് ഞാൻ അദ്വൈതനാണ് എന്റെ എല്ലാ അനുഭവങ്ങളും മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഓരോ അനുഭവവും ദ്വൈതമാണ് എല്ലാ അനുഭവങ്ങളും കൂടി ചേരുമ്പോൾ നമ്മളതിന് പ്രപഞ്ചം എന്ന് പറയും അപ്പം എല്ലാ അനുഭവങ്ങളെയും ചേർത്ത് പ്രപഞ്ചാനുഭവം എന്ന് പറയും ഈ പ്രപഞ്ചാനുഭവം ദ്വൈതമാണ് മാറുന്നതാണ് അത് അതാണ് മാറുന്നത് അതുകൊണ്ട് അത് കൽപ്പിതം താനിവിടെ മാറുന്നില്ല അതുകൊണ്ടത് സത്യം അപ്പൊ സത്യത്തിന്റെയും കൽപ്പിതത്തിന്റെയും വേറിതിലും ഇവിടെ വളരെ സ്പഷ്ടമാണ് യാതൊരു സംശയമില്ലാതെ ബോധിക്കത്തതാണ് സർപ്പധാരാതി ഭേദേഷു രജ്ജു ഒരു രുജുവിൽ പല അനുഭവങ്ങളുണ്ടാകാം നേരത്തെ പറഞ്ഞു അവർ നീർച്ചാലായി അനുഭവപ്പെടാം മാലയായി അനുഭവപ്പെടാം ഒരു വടിയായി അനുഭവപ്പെടാം ഒരു സർപ്പമായി അനുഭവപ്പെടാം ഭൂഛിദ്രമായി ഭൂമിയിൽ ഉണ്ടായ ഒരു വിടവായിട്ട് അനുഭവപ്പെടാം ഒരു വസ്തുവിനെ പലതരത്തിൽ അനുഭവപ്പെടാം അതുപോലെ താൻ പലതായി തനിക്ക് തന്നെ അനുഭവപ്പെടുന്നു അനുഭവങ്ങളിലൊന്നും തനിക്ക് എല്ലാ അനുഭവങ്ങളും എന്നും തന്നെ എല്ലാ അനുഭവങ്ങൾക്കും ആധാരമായിരിക്കുന്ന ഞാൻ ആ മാറ്റം സംഭവിക്കാത്തതുകൊണ്ട് അദ്വൈതം സത്യം മാറുന്നത് ദ്വൈതം കൽപ്പിതം യഥാർത്ഥം വിശേഷ്യ സ്വരൂപ പ്രത്യസ്ത സിദ്ധത്വ എന്ന കർത്തവ്യത്വം ശാസ്ത്രേണ അതുകൊണ്ട് തന്നെ എന്താണോ ശാസ്ത്രം പുതുതായിട്ടൊന്നിനെ ബോധിപ്പിക്കുകയല്ല നിത്യസിദ്ധമായിരിക്കുന്ന ഒന്നിനെ ബോധിപ്പിക്കുക ഒന്നിനെ ഉണ്ടാകുകയല്ല യാഗത്തെയും മറ്റും വേദം ബോധിപ്പിക്കുന്ന വിശേഷ്യ സ്വരൂപപ്രത്യസ്യസിദ്ധത്വ വിശേഷ്യ സ്വരൂപ്രത്യം ഈ അനുഭവങ്ങളിലെല്ലാം വിശേഷ്യമായിരിക്കുന്ന സ്വരൂപജ്ഞാനം അത് സദാ നിലനിൽക്കുന്നു ആത്മബോധം സദാ നിലനിൽക്കുന്നു രജുവിന് എന്തൊക്കെ ഭ്രമം ഉണ്ടായാലും അവിടെ രജുവിന്റെ ബോധം അനുസ്യൂതമായിരിക്കുന്നതുപോലെ ഇത് ഇത് ഇത് സർപ്പമാണ് ഇത് മാലയാണോ ഇങ്ങനെ പറയുന്നിടത്തെല്ലാം ഇത് എന്ന് ആ രജുജ്ഞാനം നിലനിൽക്കുന്നതുപോലെ ഈ എല്ലാ അനുഭവങ്ങളിലും വിശേഷിയുമായിരിക്കുന്ന ഞാൻ സുഖിയാണ് ഞാൻ ദുഃഖിയാണ് ഞാൻ മൂഢനാണ് ഞാൻ ബുദ്ധിമാനാണ് ഈ അനുഭവങ്ങളിലെല്ലാം വിശേഷിയുമായിരിക്കുന്ന സ്വരൂപ ജ്ഞാനം അസ്വസ്ഥസിദ്ധമായിരിക്കുന്നു ആത്മാവിന്റെ നിർവികൽപകമായ സ്ഫുരണം അസ്വസ്ഥസിദ്ധമാണ് അതിനാണ് നിർവികൽപ്പകമെന്ന് പറയുന്നത് ഇവിടെ നിർവികൽപ്പകമെന്ന് പറയുന്ന സമാധിയാണ് ആത്മാവിന്റെ നിർവികൽപകമായ സ്ഫുരണം കൽപ്പനാശൂന്യമായ സ്ഫുരണം അത് സ്വതസിദ്ധമാണ് ആ സ്ഫുരണത്തിലാണ് ഈ ഭ്രാന്തി എന്റെ അനുഭവപ്പെടുന്നത് രജുവിന്റെ ഇതം അംശത്തിൽ അനേക ഭ്രാന്തികൾ വരുന്നത് സ്വസ്വരൂപത്തിലാണ് ഈ നാനാഭ്രാന്തി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നാനാ അനുഭവങ്ങൾ നിലകുന്നത് അതുകൊണ്ട് ശാസ്ത്രം ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല ചെയ്യേണ്ട ആവശ്യമില്ല വിശ്വസിദ്ധമാണെന്ന് അർത്ഥം സിദ്ധത്വ നിത്യസിദ്ധമായിരിക്കുന്നു ഇത് അതെങ്ങനെ കൽപ്പിതമാകും അകർത്തൃകർത്തൃ ശാസ്ത്രം കൃത അനുകാരിക്ക് അപ്രമാണം അകൃതർത്തൃ ശാസ്ത്രം ശാസ്ത്രം അജ്ഞാതജ്ഞാപകമാണ് ശാസ്ത്രത്തിന്റെ രൂപയാട വരുന്നത് സ്വർഗ കാമു യജേത വേദം പറയുന്നത് സ്വർഗത്തെ കാമിക്കുന്നവൻ യാഗം ചെയ്യണം അതാണ് എന്ന് പറയുന്നത് അവിടെ സ്വർഗം അജ്ഞാതമാണ് സ്വർഗത്തിന് സാധനമാണ് യാഗമെന്നുള്ള അജ്ഞാതമാണ് അങ്ങനെ അജ്ഞാതമായ കാര്യങ്ങളെ ബോധിപ്പിക്കുന്നതാണ് ശാസ്ത്രം അതിലാണ് ശാസ്ത്രം നിർമ്മാണമായിരിക്കുന്നത് കൃത അനികയെ സുദ്ധമായ ഒന്നിനെ ബോധിപ്പിക്കുകയാണെങ്കിൽ അത് ശാസ്ത്രത്തിന്റെ ആവശ്യമില്ല നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഈ വസ്തുവിനെ ബോധിപ്പിക്കാനും വേദത്തിന്റെ ആവശ്യമില്ല അതാണ് സിദ്ധമായ ഒന്നിനെ ശാസ്ത്രം ബോധിപ്പിക്കുന്നില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷമായിരിക്കുന്ന ഈ വസ്തുവിനെ ബോധിപ്പിക്കാൻ വേദമെന്താണ് അതിന്റെ ആവശ്യമില്ല പിന്നെ വേദത്തിന്റെ ആവശ്യം ഇവിടെയാ വരുന്നത് യാഗത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഒക്കെ ബോധിപ്പിക്കാനാണ് ഇവിടെ ഉപദേശം എന്താണ് ചെയ്യുന്നത് ഇവിടെ എങ്ങനെ പ്രമാണമാകുന്നു അജ്ഞാതജ്ഞാപകത്വനെ സിദ്ധമായ ഒന്നിനെ ബോധിപ്പിക്കുന്ന തരത്തിനു യഥോ അവിദ്യ അധ്യാരോപിത സുഖത്വാദിവിശേഷ പ്രതിബന്ധാദേവത്മ സ്വരൂപേണ അനവസ്ഥാനം സ്വരൂപ അവസ്ഥാനം ജസ്റ്റേ അവിദ്യ കൊണ്ട് ആരോപിക്കപ്പെട്ടതാണ് ഞാൻ സുഖിയാണ് ഞാൻ ദുഃഖിയാണ് അജ്ഞാനം കൊണ്ട് എന്നാരോപിക്കുന്ന എന്തിനെക്കുറിച്ചുള്ള അജ്ഞാനം തന്റെ വാസ്തവ സ്വരൂപത്തെക്കുറിച്ചു തന്റെ വാസ്തവ സ്വരൂപത്തെ എങ്ങനെ അറിയുന്നു അത് സുഖിയല്ല ദുഃഖിയല്ല ഇങ്ങനെ അറിയണം പക്ഷെ ഇവിടെ എന്ത് ചെയ്തു അവിടെ തന്നെ അനേക കൽപ്പനകൾ വന്നുപോയി എന്തുകൊണ്ട് അവിദ്യ കൊണ്ട് അജ്ഞാനം കൊണ്ട് ആ കല്പനകളിലൂടെയാണ് നമ്മൾ നമ്മുടെ സ്വരൂപത്തെ അറിയുന്നത് എങ്ങനെ ഞാൻ സുഖിയാണ് ഞാൻ ദുഃഖിയാണ് കൽപ്പനകളിലൂടെ അറിയും അവിദ്യ കൊണ്ട് സംഭവിച്ച കൽപ്പനകളിലൂടെ കൽപനകൾ നിൽക്കുമ്പോ സൂത്യാദി വിശേഷ പ്രതിബന്ധാദി ഈ കൽപ്പനകൾ തന്നെ തന്റെ സ്വരൂപ പ്രകാശനത്തിന് തടസ്സമായി നിൽക്കുന്നു അതുകൊണ്ട് തന്നെ എന്താണ് ആത്മനസ്വരൂപേണ അനുഭവം തനിക്ക് സ്വന്തം സ്ഥിതിയിൽ നിൽക്കാൻ കഴിയുന്നില്ല ഈ കൽപ്പനകളിൽ നിന്ന് വേർപെട്ട് ഈ കൽപ്പനകളോടുള്ള ആ താതാത്മ്യത്തെ വേർപെടുത്തിയിട്ട് നിൽക്കാൻ കഴിയുന്നു ഞാൻ സുഖിയാണ് ഞാൻ ദുഃഖിയാണെന്നല്ല ഈ തൻ്റെ തന്നെ കൽപ്പനകളോട് താൻ താതാമ്യപ്പെട്ടേ നിൽക്കാൻ കഴിയുന്നു സ്വരൂപേണ അനവസ്ഥാനം ഇതാണ് സംസാരം സ്വസ്വരൂപത്തിൽ നിൽക്കാൻ കഴിയാതിരിക്കുക അതാണ് ഈ കല്പനകളോട് താതാന്മ്യപ്പെട്ടു പോവുക തൻ്റെ തന്നെ ഭാന്തികളോട് താൻ താതാന്യപ്പെടുക അതാണ് താൻ എന്ന് കരുതുക പിന്നെ ഇതിൽ നിന്നുള്ള മോചനമെന്ന് പറയുന്ന എന്താണ് ശ്രേയസ് മോക്ഷം എന്നൊക്കെ പറയുന്നെന്താണോ സ്വരൂപ അവസ്ഥാനത്തെ ശ്രേയ സ്വരൂപേണ അനവസ്ഥാനം ഇത് സംസാരം സ്വരൂപസ്ഥിതി സ്വരൂപ അവസ്ഥാനത്തെ ശ്രേയ അതാണ് മോക്ഷമെന്ന് പറയുന്നത് ഈ കൽപ്പനകളോട് താതാന്യപ്പെടാതിരിക്കുന്നു തന്റെ പരമാർത്ഥ സ്ഥിതിയെ ബോധിച്ച് നിലക്കുന്നത് അതാണ് സ്വരൂപാവസ്ഥ അതിനാണ് ഇവിടെ മോക്ഷം എന്ന് പറയുന്നത് തിരിയാധികമോ തിരിയത്രാപ്തി എന്നെല്ലാം പറയുന്നതാണ് നിരന്തരമായി തന്നെ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ താതാത്മ്യം തന്റെ കല്പനകളോട് തന്റെ ഭാവനകളോട് തന്റെ മാനസിക സങ്കല്പങ്ങളോടുള്ള ആ താതാത്മ്യം ഇതല്ല ഞാനാണ് ഇതല്ല എന്റേതാണ് എന്ന് പറയുന്ന ആ താതാത്മ്യം അതിസൂക്ഷ്മമായി സംഭവിക്കുന്ന എന്നാൽ അതേസമയം വളരെ തുച്ഛമായിരിക്കുന്ന ഈ താതാത്മ്യം ഈ താതാത്മ്യത്തെ വിട്ടുകഴിഞ്ഞാൽ അവനസ്വരൂപസ്ഥിതി സംഭവിക്കുന്നു അതാണ് ഇവിടെ മോക്ഷം എന്ന് പറയുന്നത് അപ്പോ ശാസ്ത്രം അതാണ് ബോധിപ്പിക്കുന്നത് എന്താണോ ഇതിനോടുള്ള നിന്റെ ആ താതാത്മ്യത്തെ വിടുക ഞാൻ സുഖി എന്നുള്ള ഈ അനുഭവം ഇത് തന്നിൽ തന്നെ ആരോപിച്ചിരിക്കുന്നതാണ് താൻ തന്നെ കൽപ്പിക്കുന്നതാണ് താൻ സുഖിയാണ് കൽപ്പന പോലെ തന്നെ കൽപ്പനയാണ് താൻ ദുഃഖിയാണെന്നുള്ള കൽപ്പന താൻ സുഖി താൻ ദുഃഖി എന്നുള്ള ആ ം ദുഃഖം ഇതിനെ രണ്ടിനെയും വിറ്റുകഴിഞ്ഞാൽ ശേഷിക്കുന്ന താ അതാണ് ഈ കൽപ്പനയ്ക്ക് ആധാരമായിരിക്കുന്നത് അതാണ് തന്റെ പരമാർത്ഥസ്വരൂപം എന്ന് ബോധിക്കും അങ്ങനെ ബോധിച്ചുകൊണ്ട് ഈ കൽപ്പനയിൽ നിന്നും സ്വതന്ത്രനാകുക അതാണ് സ്വരൂപേണ അവസ്ഥാനു പറയുന്നത് ആ കൽപ്പനകളോട് താതാന്യപ്പെടാതിരിക്കും മനസിന്റെ സ്വഭാവമാണ് നിരന്തരം സമുദ്രത്തിലെ ആളുകളെ പോലെ കൽപ്പനകളെ ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നു അവിദ്യ എന്നുള്ള വായുവീശുന്നതുകൊണ്ടാണ് അവിദ്യയാണിതിന് കാരണമായത് മനസ്സിന് നിരന്തരം കൽപ്പനകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടെങ്കിൽ ആ കൽപ്പനയാണ് പറഞ്ഞത് സുഖി അഹം ദുഃഖി എന്നല്ല ഈ നിരന്തരമായ ഈ കൽപ്പനകൾ സംഭവിച്ചുകൊണ്ടിരിക്കുക തന്നെ അതെന്താണ് ചിത്ത തരംഗങ്ങൾ എന്ന് പറയും സമുദ്രത്തിലെ തരംഗങ്ങളെപ്പോലും ആ ചിത്തതരംഗങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കെ തന്നെ ഒരുവൻ അവിടെത്തന്നെയുള്ള വിവേകം കൊണ്ട് ഈ വിവേകമെന്ന് പറയുന്നത് ഈ ചിത്രത്തിലെ ഒരു തരംഗമാണ് ആ വിവേകം കൊണ്ട് സ്വയംബോധിക്കുക എന്താണ് ഇതൊന്നും തന്നിൽ പരമാർത്ഥത്തിനില്ല തന്റെ സ്വരൂപ സ്ഥിതിയിൽ ഇതിനൊന്നും നിലനിൽപ്പില്ല എന്ന് സ്വയം ബോധി ബോധിച്ചതിൽ നിന്ന് സ്വാതന്ത്ര്യനാകുക അതാണ് സ്വരൂപാവസ്ഥാനം സ്ഥിതി നിലനിൽപ്പ് സ്വരൂപ അവസ്ഥാനം അതാണ് ശ്രേയസ് അവസ്ഥാന നിലനിൽപ്പ് സ്ഥിതി അനവസ്ഥാനക്കാതിരിക്കുക സംസാരം എന്ന് പറയുന്നത് അങ്ങനെ നിൽക്കാൻ കഴിയാതിരിക്കുകയാണ് എന്നോട് താതാന്മ്യപ്പെട്ടു പോകും അപ്പൊ ഇവിടെ ഒരു ചെറിയ ഒരു തടസ്സമേ ഉള്ളൂ ഒന്ന് തന്റെ തന്നെ ഈ വികാര വിചാരങ്ങളോട് താൻ താതാത്മ്യപ്പെടുന്നു താതാത്മ്യം എന്ന് പറയുന്നത് എന്താണ് ഞാൻ അതാണ് അല്ലെങ്കിൽ ഇവയെല്ലാം എന്റേതാണെന്ന് കരുതുന്നതാണ് താതാത്മ്യം എന്ന് പറയുന്നത് ഞാനിവയല്ല ഇത് എന്റേതല്ല എന്ന് ബോധിക്കുന്നതാണ് ആ താതാത്മ്യത്തിന്റെ അവസാനം അതാണ് സ്വരൂപാവസ്ഥാനം എന്ന് പറയുന്നത് ഇത് ആത്യന്തികമായി പറഞ്ഞിട്ടുണ്ടാണ് ഇതൊരു ബോധ്യപ്പെടലാണ് ആന്തരികമായ ആന്തരികമായ ഒരു തിരിച്ചറിവ് മനസ്സുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒന്നും സങ്കല്പിക്കുന്ന പോലെയല്ല മനസ്സുകൊണ്ട് നമ്മളൊന്ന് സങ്കല്പിച്ചാൽ ആ സങ്കല്പം ക്ഷീണിക്കും ദുർബലമാകും അത് ഭാവപരിണാമങ്ങളെല്ലാം അതിനും സംഭവിക്കും സങ്കല്പത്തിന് ഉത്പത്തി സ്ഥിതി വളർച്ച പരിണാമം ക്ഷയം നാശം എല്ലാം സംഭവിക്കും സങ്കല്പരൂപത്തിലല്ല ആ സങ്കല്പത്തിനുപരിയായി വരുന്ന ആന്തരികമായ ഒരു നിശ്ചയം ബോധ്യപ്പെടൽ അതിനാണ് അനുഭവം എന്ന് പറയുന്നത് ആ അനുഭവപ്പെടലിൽ ഇതിൽ നിന്നുള്ള ആ താതാത്മ്യങ്ങൾ നശിച്ചു പോകും സ്വരൂപസ്ഥിതി എന്ന് പറയുന്നത് സ്വരൂപാവസ്ഥാനം എന്ന് പറഞ്ഞാൽ നേരത്തെ സ്വരൂപസ്ഥിതി എന്ന് പറഞ്ഞു അതിനാണ് ഇവിടെ മോക്ഷം എന്ന് പറയുന്നത് അതാണ് ശാസ്ത്രത്തിന്റെ അല്ലെങ്കിൽ ഗുരുപദേശത്തിന്റെ ഫലം അതാണ് പ്രയോജനം അത് വിശദീകരിക്കുന്നു സുഹൃത്വാദി നിവർത്തകൻ ശാസ്ത്രം ആത്മനി അസുഖത്യാദി പ്രത്യയകർണനേതി നേരി അസ്ഥൂലാവാക്യേ ആത്മസ്വരൂപത്വരൂപാവസ്ഥാനം ശ്രേയതിനിവർത്തകം ശാസ്ത്രം ശ്രേയസ്സെന്ന് പറയുന്ന അതാണ് സ്വരൂപസ്ഥിതിയാണ് അതിനെ തന്നെ ആത്മനിഷ്ഠ എന്ന് പറയുന്നു ആത്മനിഷ്ഠ എന്ന് പറയുമ്പോ എന്താണ് സാധാരണ മനസ്സ് ഈ സങ്കല്പങ്ങളിൽ നിഷ്ടമാണ് താൻ ഇതിലൊക്കെ നിഷ്ടമാണ് സുഖം സുഖി ദുഃഖി ഇത്തരം അനുഭവങ്ങളിലാണ് തന്റെ നിഷ്ഠ അതിൽ നിന്ന് വിട്ട് സ്വസ്വരൂപത്തിൽ നിഷ്ഠയുണ്ടാകുക അവിടെ എന്ത് പറയുന്നത് സുഖത്വാദി നിവർത്തകം ശാസ്ത്രം ശാസ്ത്രബന്തിന് ഈ സുഖത്വാദി അനുഭവങ്ങളെ ഇല്ലാതാക്കുന്നു ഗുരുപദേശം അത് ബോധിപ്പിക്കുന്നു എന്താണ് നീ സുഖിയല്ല നിന്നും ശാസ്ത്രം ആത്മനി അസുഖിത്വാദിപ്പെടുത്തിയൊക്കെ അറിയാ തന്നെ അസുഖിത്വം തുടങ്ങിയ ബോധത്തിലുണ്ടാകുന്നു ഒരാൾ സാധാരണ നമ്മൾ പറയും എന്താണോ ഇതിന്റെയൊക്കെ പ്രയോജനം എന്ന് പറയുന്നത് എന്താണോ സുഖമായിരിക്കുക സന്തോഷമായിരിക്കുക അതിനുവേണ്ടിയിട്ടാണ് അതാണ് ഇവിടെ ആധ്യാത്മീയ ശാസ്ത്രവും മറ്റ് മനഃശാസ്ത്രം പോലെയുള്ള ശാസ്ത്രങ്ങളും വ്യത്യാസം അവിടെ എന്താണ് ചെയ്യുന്നത് മനുഷ്യനെ സന്തോഷമായിരിക്കാനും സുഖമായിരിക്കാനും സ്വസ്ഥമായിരിക്കാനും ഒക്കെ പഠിപ്പിക്കുകയാണ് മനസ്സിന് ടെൻഷനും ഒന്നും ഇല്ലാതിരിക്കാ സംഘർഷങ്ങളൊന്നും ഇല്ലാതിരിക്കാനാണ് ഇവിടെ അതല്ല സ്വസ്ഥമായിരിക്കുക സുഖമായിരിക്കാന്ന് പറയുമ്പോ എന്റെ ബോധം എന്തായിരിക്കും ഞാൻ സുഖിയാണ് ഞാൻ സ്വസ്ഥനാണ് അത് ഞാൻ ദുഃഖിയാണ് ഞാൻ അസ്വസ്ഥനാണെന്നുള്ള ആ അനുഭവം ഇതും തമ്മിൽ യാതൊരു വ്യത്യാസമുണ്ട് രണ്ടു സമമാണ് ഇവിടെ നമ്മളെ മനഃശാസനം എന്നെ പഠിപ്പിക്കുന്നു ആത്മബോധം എന്റെ മനശാസനം പറയും മനഃശാസരത്തിൽ അതാണ് ആവശ്യം എന്താണ് അങ്ങനെയൊരു ബോധം വേണം ഞാൻ സ്വസ്ഥനാണ് ഞാൻ ശാന്തനാണ് ഞാൻ സുഖമുള്ളവനാണ് ഇവിടെ അതിനെയും നിവർത്തിപ്പിക്കാനാണ് അഹം സുഖി അതിനെയുള്ള ആദ്യം പറയും ഞാൻ ദുഃഖിയാണ് എന്നുള്ള അനുഭവത്തിന് സമമാണ് ഞാൻ സുഖിയാണെന്നുള്ള അനുഭവം രണ്ടിനെയും നിവർത്തിപ്പിക്കും അപ്പൊ ഇവിടെ ഒരാൾ സുഖമായി ഇരിക്കുന്നതിന് വേണ്ടിയുള്ള അഭ്യാസങ്ങളൊന്നുമില്ല തന്റെ മനസ്സിൽ സുഖാനുഭവത്തെ നിലനിർത്തുന്നതിനോ അല്ലെങ്കിൽ ഞാൻ സുഖിമാനാണ് എന്നുള്ള ഒരു അനുഭവത്തെ നിലനിർത്തുന്നതിനോ അവിടെയെല്ലാം എന്ത് വരുന്നു അങ്ങനെയെല്ലാം നിലനിർത്തുമ്പോൾ ഞാൻ സുഖമാണ് ഞാൻ സുഖിമാനാണ് അല്ലെങ്കിൽ ഞാൻ സന്തോഷവാനാണ് ഞാൻ ശാന്തനാണ് ഞാൻ സ്വസ്ഥനാണ് ഇവിടെയെല്ലാം സംഭവിക്കുന്നത് ആത്മതാതാത്മ്യമാണ് ഇതെല്ലാം മനോവൃത്തികളാണ് സുഖം ശാന്തി സ്വസ്ഥത എല്ലാം മനോവൃത്തികളാണ് ഈ മനോവൃത്തികളോട് തന്നെ താതാത്മ്യപ്പെടുത്തുക എന്ന് പറഞ്ഞത് ഞാൻ ദുഃഖിയാണ് ഞാൻ നിരാശനാണ് ഞാൻ അസ്വസ്ഥനാണ് ഞാൻ അശാന്തനാണ് എന്ന് പറയുന്ന ഈ കുട്ടികളോട് താരതമ്യപ്പെടുത്തുന്നത് പോലെ തന്നെ രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇവിടെ ആത്മബോധത്തിൽ ഇത് രണ്ടും ഇല്ല അപ്പോ എനിക്ക് ദുഃഖത്തിന് കീഴ്പ്പെടാതെ സന്തുഷ്ടനായി ഇരിക്കാൻ കഴിയുമെങ്കിൽ അതിവിടെ ഒരു നേട്ടമല്ല അതുകൊണ്ട് വിശേഷിച്ചൊന്നും സംഭവിക്കുന്നില്ല എനിക്കെന്റെ മനസ്സിന്റെ ശക്തി കൊണ്ടെനിക്ക് ദുഃഖത്തെ ഒഴിവാക്കാൻ കഴിയും മറിച്ച് ഞാനെന്ത് ചെയ്യുന്നു സുഖത്തിൽ ആശ്രയിന്നെങ്കിൽ അതുകൊണ്ടിവിടെ വിശേഷമൊന്നുമില്ല ഞാൻ സുഖിയായിരുന്നാലും ഞാൻ ദുഃഖിയായിരുന്നാലും ഇവിടെ ഒന്നാണ് എന്തുകൊണ്ട് ഇവിടെ വിഷയം ഇതിനോട് തനിക്ക് താധാന്യം സംഭവിക്കുന്നോ ഇല്ല എന്നുള്ളതാണ് താൻ സുഖിയാണോ ദുഃഖിയാണോ എന്നുള്ളതല്ല അതുകൊണ്ടാണ് എന്നെ രണ്ടിനെയും ഒരുപോലെ പറയുന്നത് രണ്ടടുത്തു പറയുന്നു ശാസ്ത്രം എന്തായത് ആത്മനി അസുഖിത്വാദി താൻ സുഖം ദുഃഖം ശാന്തി അശാന്തി സ്വസ്ഥത അസ്വസ്ഥത ഇതിനൊക്കെ അപ്പുറമാണ് യഥാർത്ഥ സ്വരൂപം ഇത്തരം മനോവൃത്തികളോടും ഒന്നിനോടും താരതമ്യപ്പെടാതിരിക്കുക ഇതൊന്നും തന്നിലില്ല എന്ന് ബോധിക്കുക അതാണ് നിങ്ങൾ സന്തുഷ്ടനായിരിക്കുന്നുവോ അതോ നിങ്ങൾ ദുഃഖിതനായിരിക്കോ എന്നുള്ളതിലൂടെ വിശേഷതയൊന്നുമില്ല അതിനെല്ലാം ഉപരിയായി നിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ അതിനൂടെ അസുഖം എന്ന് പറയുന്നു ദുഃഖം എന്നല്ല പറയുന്നു സുഖം വേറെ അതിന് നേരെ ദുഃഖം ഇതിന് രണ്ടിനും അതീതമായിരുന്നാണ് അസുഖം എന്ന് പറഞ്ഞാൽ എന്താണ് അത് സുഖമല്ല സുഖ ദുഃഖങ്ങൾക്ക് അതീതമായിരിക്കുന്ന അതാണ് അതാണ് ഇവിടെ പറഞ്ഞത് എന്താണ് സ്വരൂപാവസ്ഥാനം അതുകൊണ്ടിവിടെ എന്റെ വ്യാഖ്യാനത്തിൽ പ്രത്യേകം പറയും മോക്ഷം എന്ന് പറഞ്ഞാൽ വലിയൊരു സുഖത്തിലിരിക്കുകയാണെന്നും ധരിക്കരുത് ഇവിടെ വലിയ സുഖം എന്നൊക്കെ പറയുന്നത് എന്താണ് ഈ അസുഖം എന്നുള്ള അവസ്ഥയാണെന്ന് പറഞ്ഞാൽ സുഖം ദുഃഖം ഇതിന് രണ്ടിനും അതീതമായിരിക്കുന്നു ആത്മസ്വരൂപം അവിടെ സുഖവിന്റെ ദുഃഖത്തിൽ രണ്ടിനും അതീതമാണ് അപ്പോൾ ആത്മനിഷ്ഠനെ സംബന്ധിച്ചിടത്തോളം ബലം പ്രയോഗിച്ച് സുഖത്തിനും സന്തോഷത്തിനും ഇരിക്കേണ്ട ആവശ്യമില്ല ബലം പ്രയോഗിച്ച് ദുഃഖത്തെ ഒഴിവാക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞെന്താണ് ചിരിച്ചുകൊണ്ടിരുന്നാലും കരഞ്ഞുകൊണ്ടിരുന്നാലും സമം തന്നെയെന്നറിഞ്ഞു ഞാൻ ചിരിക്കാതിരിക്കുന്നത് എൻ്റെ ഒരു നേട്ടമാണ് അതുപോലെ തന്നെ കരയാതിരിക്കുന്നതും എൻ്റെ ഒരു നേട്ടമാണ് അതിനൊന്നും അവിടെ ബാഹ്യമായ വികാരങ്ങൾക്ക് ആത്മജ്ഞാന നിഷ്ഠയിൽ പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ആത്മജ്ഞാനിയെ തിരിച്ചറിയാൻ പോകുന്നതും അപകടങ്ങൾ എന്താണ് അതിൽ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു കരയുന്നില്ല അതാണ് അതിന്റെ അടയാളം എന്ന് ധരിക്കാൻ പാടില്ല ചിരിക്കുകയോ കരയുകയോ ചെയ്യുന്നുള്ളതല്ല അതിനോടായുള്ള ആന്തരികമായ താതാമ്യം സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ മുഖ്യം അതുകൊണ്ട് നമ്മൾക്ക് ബലം പ്രയോഗിച്ച് നമ്മൾ കരയാതിരിക്കാൻ ശ്രമിച്ചാൽ ചിരിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതും ഒരു മാനസികമായ സംഘർഷത്തിന് കാരണമാകത്തേയുള്ളൂ അതിനുവേണ്ടി നമ്മൾക്ക് യത്നം ആവശ്യമായി ചിരിച്ചുകൊണ്ടേയിരിക്കാം ദുഃഖത്തിന് കീഴ്പെടാതിരിക്കുന്നതിനു വേണ്ടി വരും ഇതെന്താണോ സ്വസിദ്ധമായ അനായാസസ്ഥിതിയാണ് അവിടെ ഒന്നിനും ആയാസങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നതിനുള്ള ആയാസമോ ദുഃഖിക്കാതിരിക്കുന്നതിനുള്ള ആയാസമോ ദുഃഖിക്കുന്നതിനുള്ള ആയാസമോ ഇത് യാതൊന്നുമില്ലാത്ത സ്വരൂപാവസ്ഥാനം ഇതാണ് ആത്മനിഷ്ഠയെക്കുറിച്ചൂടെ പറയുന്നത് കേട്ടില്ല ആ അവിടെ എത്തിയില്ല അസുഖിത്വാദി വരെ എത്തിയുള്ളൂ അങ്ങോട്ട് ഞാൻ വായിച്ചല്ലേ ശാസ്ത്രം എന്തു ചെയ്യുന്നു ആത്മനി അസുഖിത്വാദി പ്രത്യേകിച്ച് അസുഖിത്വനെ കുറിച്ചാണ് പറയുന്നത് അസുഖിത്വം എന്ന് പറയുമ്പോ എന്താണ് സുഖം ദുഃഖം ഇതിന് രണ്ടിനും ഉപരിയായി ഒന്നോ നേതി നേതി അതാണ് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാനസിക ബലം അതല്ല ഇവിടെ പറയുന്നു മറിച്ച് എന്താണ് അതൊരു വിവേകത്തെ ഉണ്ടാക്കിയു പ്രത്യേകം എന്ന് വെച്ചാൽ ജ്ഞാനം പ്രത്യേക കരണം എന്ന് വെച്ചാൽ അങ്ങനെയുള്ള ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു പ്രത്യേകം എന്ന് വെച്ചാൽ ജ്ഞാനം ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു പ്രത്യേക കരണമെന്ന് വെച്ചാൽ ജ്ഞാനത്തെ ഉണ്ടാക്കുന്നു എങ്ങനെയുള്ള ജ്ഞാനം അസുഖിത്വം അസുഖിത്വം എന്ന് പറഞ്ഞാൽ എന്താണ് അത് സുഖിയല്ല താൻ സുഖിയല്ല താൻ ദുഃഖിയുമല്ല ഞാൻ അസുഖിത്വം എന്ന് പറയുന്നു തന്നെ സുഖത്തെയും നിഷേധിക്കുന്നു തന്നെ അതിന് നേരെ വിപരീതമായിട്ടുള്ള ഭാവത്തെയും നിഷേധിക്കുന്നു എന്താണ് അത് തന്റെ സ്വരൂപമാണോ സുഖ ദുഃഖാദികൾക്ക് അദ്വീതമാണ് തന്റെ സ്വരൂപം ആ സ്വരൂപ സ്ഥിതനായിരിക്കുന്ന ഒരുവൻ എന്താണ് അനായാസതയാണ് ബാക്കി നമ്മൾ ഏതെങ്കിലും ഒന്നിൽ നമ്മുടെ മനസ്സിനെ നിർത്താൻ കഴിഞ്ഞാൽ സുഖത്തിലായിക്കൊള്ളട്ടെ ശാന്തിയിലായിക്കൊള്ളട്ടെ അവിടെയെല്ലാം അതിന് പ്രത്യേക യത്നത്തിന്റെ ആവശ്യമുണ്ട് ഒരു പരിശ്രമത്തിന്റെ ആവശ്യമുണ്ട് പരിശ്രമം എന്ന് പറയുമ്പോൾ കർമ്മമാണ് കർമ്മം ഒരിക്കലും കർമ്മം ക്ഷീണിച്ചു പോകുമ്പോൾ എന്ത് പരിശ്രമം ക്ഷീണിക്കുമ്പോൾ എന്തിനാണോ നമ്മൾ ഒഴിവാക്കി അത് കടന്നു വരും തൻ സന്തോഷത്തിൽ ഇരിക്കാൻ ശ്രമിക്കുന്നു എന്നിരിക്കട്ടെ ആ പരിശ്രമം എപ്പോഴാണോ നിലയ്ക്കുന്നത് അപ്പോ എന്താണോ അവിടെ കടന്നു വരേണ്ടത് ദുഃഖമാണെങ്കിൽ അത് വരും നിരാശയാണെങ്കിൽ വരും അശാന്തിയാണെങ്കിൽ വരും അസ്വസ്ഥതകൾ വരും അതെല്ലാം കടന്നു വരും അപ്പോൾ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള പരിശ്രമം കൂടാതെ തന്നെ അസുഭ്യത്വം എന്ന് പറയുന്ന തന്റെ സ്വരൂപഭാവം അതിനു സഹജഭാവം എന്ന് പറയും ഇതിനാണ് സഹജ സമാധി എന്ന് പറയും അതേതെങ്കിലും ഒരു പ്രത്യേക സമാധി പരിശീലിച്ച് നിർവികൽപ്പ സമാധിയോ നിർഭീത സമാധിയോ ഒന്നും പരിശ്രമിച്ചുണ്ടാക്കിയെടുക്കുന്ന ആ പരിശ്രമത്തിന്റെ ഫലമായി വരുന്ന സഹജമായ ഭാവത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് ഏത് സമാധി പരിശീലിക്കാം സമാധിയൊന്നും പരിശീലിക്കാതെയിരിക്കാം രണ്ടായതിനോടെ വ്യത്യാസമില്ല സഹജഭാവത്തിൽ എന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് അവിടെ പരിശ്രമമില്ല നിങ്ങൾ ശ്രവണം ചെയ്യുന്നു അവിടെ പരിശ്രമം ആവശ്യമാണ് മനനം ചെയ്യുന്നു പരിശ്രമം ആവശ്യമാണ് ധ്യാനിക്കുന്നു അവിടെ പരിശ്രമം ആവശ്യമാണ് അവിടെയെല്ലാം എന്താണ് ചിലതിനെ ആർജിക്കാനും ചിലതിനെ ഒഴിവാക്കുന്നതിനുള്ള നിരന്തരമായ ശ്രമം അവിടെ നടന്നുകൊണ്ടേ ഇവിടെ അതല്ല വിവേകം കൊണ്ടുവരുന്ന അനായാസതയാണ് അസുഖത്വാദി പ്രത്യേകി അസ്തൂലം അസ്ഥൂലാദിവാക്യ അസ്തൂലം അനണു തുടങ്ങിയ വാക്യങ്ങളെ കൊണ്ട് ഇവിടെ പറയും ഇതിന്റെ വിശദീനങ്ങളിൽ പറയും എന്താണ് നമ്മൾ ധരിക്കുന്ന എന്താണ് ആനന്ദം ആത്മസ്വരൂപമാണ് സുഖം ആത്മസ്വരൂപമാണ് ആനന്ദവും സുഖവും ആത്മസ്വരൂപമാണെങ്കിൽ അവിടെ പ്രത്യേകം മനസ്സിലാക്കേണ്ട എന്താണ് ദുഃഖവും ആത്മസ്വരൂപം തന്നെ ദുഃഖത്തിൽ നിന്നും വ്യത്യസ്തമായി സുഖത്തിനൊരു ആത്മസ്വരൂപമില്ല സുഖം എങ്ങനെയാണോ ആത്മസ്വരൂപമായിരിക്കുന്നത് ദുഃഖവും ആത്മസ്വരൂപം തന്നെ സുഖത്തെ നിങ്ങൾ ആത്മസ്വരൂപമായി കാണുകയാണെങ്കിൽ ദുഃഖത്തെ ആത്മസ്വരൂപമായി തന്നെ കാണണം അപ്പൊ സുഖത്തിൽ നിന്നോ ദുഃഖത്തിൽ നിന്നോ ഉള്ള ഒരു താത്കാലികമായ രക്ഷപ്പെടലല്ല അതുകൊണ്ടാണ് എന്നെ പറഞ്ഞ എന്താണ് അസുഖിത്വാദി എന്റെ സ്വരൂപം ഇതിനതീതമാണ് ആ ഒരു ബോധം ആ ബോധം കൊണ്ടൊന്നു ഇരുന്നു നേതി നേതി എന്ന് പറഞ്ഞ് സുഖദുഃഖങ്ങളെ സർവത്തെയും നിരാകരിക്കുന്നു സഹജമായ സ്ഥിതിയിൽ സ്വരൂപസ്ഥിതിയിൽ ഇതിനെല്ലാം തുല്യസ്ഥാനമാണ് മുഴുവൻ സർവത്തെയും ആത്മഭാവത്തിൽ കാണാൻ കഴിയുമെങ്കിൽ അപ്പൊ സുഖത്ത് മാത്രമല്ല ദുഃഖത്തെയും ആത്മഭാവത്തിൽ തന്നെ കാണാം സുഖം മാത്രം അങ്ങനെ ആത്മഭാവമാകും ദുഃഖവും ആത്മഭാവത്തിൽ തന്നെ കാണും ആത്മനിഷ്ഠനായ ഒരുവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ചിരിച്ചുകൊണ്ടിരിക്കുന്നു ബാഹ്യമായ അയാൾ സുഖിയായിരിക്കുന്നു ദുഃഖിയായിരിക്കുന്നു അതിനൊന്നും യാതൊരു പ്രസക്തി ഇല്ല യാതൊരു പ്രാധാന്യവും അത് നമ്മുടെ കല്പനകളാണ് നമ്മുടെ പ്രതീക്ഷകളാണ് നമ്മുടെ സങ്കല്പങ്ങളാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കണം ശാസ്ത്രം പരമാർത്ഥത്തിൽ അങ്ങനെയല്ല ബോധിപ്പിക്കുന്നു ആത്മസ്വരൂപത് ഇവിടെ എന്ത് ചെയ്യുന്നു ആത്മസ്വരൂപം അത് സദാനുവർത്തിക്കുന്നു അതാണ് ഒരു പ്രധാന കാര്യമാണ് പറയുന്നത് ആത്മസ്വരൂപം ഞാൻ സുഖിയാണ് ഞാൻ ദുഃഖിയാണ് തുടങ്ങിയ അനുഭവങ്ങളിലെല്ലാം ആത്മസ്വരൂപം നിലനിൽക്കുന്നു പക്ഷെ അതുപോലെ ആ സുഖിത്വാദ്യപി സുഖിത്വാദിപ്യ ദേശുനഅ അനുവർത്തു അസ്തി പക്ഷെ ആത്മസ്വരൂപം അനുവർത്തിക്കുന്നുണ്ടെങ്കിലും അതിന്റെ വാസ്തവ സ്വരൂപം ഇവിടെ അനുവർത്തിക്കുന്നുണ്ട് അവർ ചെറിയ പോരായ്മയോ ഞാൻ സുഖിയാണ് ഞാൻ ദുഃഖിയാണ് എന്ന് അനുഭവിക്കുമ്പോൾ എനിക്ക് ആത്മാവിനെ വിട്ടുനീക്കാൻ പറ്റുന്നില്ല അവിടെ ഞാൻ ആത്മനിഷ്ഠനായി തന്നെ ഇരിക്കുകയാണ് സർവ്വരൂ ആത്മനിഷ്ഠന്മാരായി തന്നെ ഇരിക്കുകയാണ് പക്ഷെ ഒരു ചെറിയ ന്യൂനത എന്താണോ അവിടെ ആത്മാവെന്ന് പറഞ്ഞല്ലോ ആത്മാവ് സർവത്ര അനുസ്യൂതമാണ് എന്നാൽ ആ അസുഖിത്വം സുഖദുഃഖങ്ങൾക്ക് അതീതമായിരിക്കുന്ന ആ ഭാവം അത് അനുവർത്തിക്കുന്നില്ല ഒരു ആത്മനിഷ്ഠനും അജ്ഞനും തമ്മിലുള്ള വ്യത്യാസവും അജ്ഞന്റെ അനുഭവത്തിനും ആത്മാനുഭവമുണ്ട് ജ്ഞാനിയുടെ അനുഭവത്തിലും ആത്മാനുഭവമുണ്ട് ആത്മാവിന്റെ അനുസന്ധാനം രണ്ടിടത്തും ഉണ്ട് പക്ഷെ ചെറിയൊരു വ്യത്യാസത്തോടുകൂടി ഇവിടെ ഈ ശാസ്ത്രം ബോധിപ്പിക്കുന്ന അസുഖത്വം എന്ന് പറഞ്ഞാൽ എന്താണോ സുഖദുഃഖാതീതമായ ആത്മാനുസന്ധാനം അത് അജ്ഞനിൽ സംഭവിക്കുന്നില്ല അവന്റെ ആത്മാനുസന്ധാനത്തിലും സുഖവും ദുഃഖവും എല്ലാം കടന്നുവരുന്നു നമുക്ക് കുറച്ച് സമയം സുഖിയായിരുന്നാൽ അല്പസമയം ദുഃഖിയായി ഇരിക്കേണ്ടി വരുന്നു മരത്ത് അശിഖുത്വം എന്ന് പറയുന്നത് അത് കടന്നു വരുന്നില്ല അനുഭവത്വ അസ്ഥി ധർമ്മ അങ്ങനെ ഒന്നും അനുഭവത്തിൽ വരുന്നില്ല അതുകൊണ്ടാണ് അവനാജ്ഞനെന്ന് പറയുന്നത് അല്ല ആത്മാനുഭവം ഇല്ലാത്തതുകൊണ്ട് എല്ലാ ഭ്രമത്തിലും അതിന്റെ അധിഷ്ഠാനത്തിന്റെ അല്ലെങ്കിൽ ആധാരത്തിന്റെ അനുഭവമുണ്ട് അതുപോലെ ഒരു ജീവന്റെ എല്ലാ അനുഭവങ്ങളിലും ആത്മാനുഭവുണ്ട് ആത്മാനുഭവത്തെ വിട്ടിട്ടൊരനുഭവമില്ല എന്തുകൊണ്ടാണ് ആധാരം അധിഷ്ഠാനം അത് പ്രകാശിച്ചേ മതിയാവും അതിന്റെ നിർവികൽപകമായ സ്ഫുരണം അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു സദ ആ ബാക്കിയുള്ള എല്ലാ അനുഭവങ്ങളും നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് അദ്വൈതം കർത്തിനമല്ല ഭാവനയല്ല എന്ന് പറയുന്നത് എല്ലാ അനുഭവങ്ങളും ഏതൊരു അനുഭവത്തിൽ നിലനിൽക്കുന്നുവോ അത് പറയും അദ്വൈതത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബാധാവധി എല്ലാ അനുഭവങ്ങളും ബാധിക്കുന്ന ആവധി എല്ലാ അനുഭവങ്ങളുടെയും വിനയത്തിന് സാക്ഷിയായിരിക്കുന്നതെന്നെല്ലാം പറയും അത് സദാ നിലനിൽക്കുന്നതാണ് ഞാനീനും അജ്ഞാനീനും എല്ലാം നിലനിൽക്കുന്നതാണ് പക്ഷേ അതിന്റെ തന്നെ അസുഖത്വഭാവം സുഖത്വ അതീതമായ ഭാവം ആ ഭാവത്തിന് നിലനിൽക്കാൻ അച്ഛന് ആ ഭാവത്തിൽ നിലനിൽക്കുന്നവനാണ് ഞാനി എന്ന് പറയുന്നത് ഞാനി എന്തു ചെയ്യുന്നു സുഖത്തിനും ദുഃഖത്തിനും ധർമ്മത്തിനും അധർമ്മത്തിനും എല്ലാം അതീതനായി സദാസ്ഥിതി ചെയ്യുന്നു അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു കൃത്രിമത്വത്തിലൂടെ ഏതെങ്കിലും തന്റെ ഒരു ഭാവത്തെ പ്രകടമാക്കുന്നതിനുള്ള ശ്രമം ഒന്നുമില്ല അതാണ് സദന്റെ എന്ന് പറയുന്നത് അജ്ഞാ അല്ലാത്ത ഒരുവൻ ഞാനിയായി ഭാവിക്കാൻ ശ്രമിച്ചാലോ അയാൾ എന്തെങ്കിലും ഒരു അഭ്യാസത്തിലൂടെ തന്നിൽ തന്നെ എന്തെങ്കിലും ഒരു കൃത്രിമത്വത്തെ പ്രകടമാക്കാൻ ശ്രമിക്കും അപ്പോ ആ ഭാവങ്ങളൊന്നുമില്ലാതെ അത്തരം നാട്യങ്ങളൊന്നുമില്ലാതെ സഹജമായ ഭാവത്തെ സ്ഥിതി ചെയ്യുക അതാണ് ജ്ഞാനിയുടെ ലക്ഷണം എന്ന് പറയുന്നത് യതി അനുവർത്തക സധ്യാരോപ്യതാ സുഹൃത്യോ അതിലക്ഷണവും വിശേഷ അതാണ് വ്യത്യാസം ആ അസുഖത്വഭാവം അനുവർത്തിക്കുന്നുണ്ടെങ്കിൽ തന്നിൽ സുഖി ദുഃഖി ഇത്തരം ആരോപണങ്ങളൊന്നും അവിടെ സംഭവിക്കത്തില്ല ഇതാണ് വ്യത്യാസം ഒരാജ്ഞനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അനുഭവം ഉണ്ട് എന്താണോ ഞാൻ സുഖിയാണ് ഞാൻ ദുഃഖിയാണ് എന്നുവെച്ചാൽ അധ്യാരോപം അവിടെ നിലനിൽക്കുന്നു എന്തുകൊണ്ടാണോ താൻ സുഖദുഃഖാതീതനാണ് എന്നുള്ള ഭാവം അയാളില്ലാത്തത് സഹജഭാവം ഇല്ലാത്തതുകൊണ്ട് സഹജഭാവം ഇല്ലാത്ത ഒരുവനിൽ അധ്യാരോപങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കും ഞാൻ സുഖിയാണ് സുഖിയാണ് ഇത്തരം ആരോപങ്ങൾ മാനസികമായി സംഭവിച്ചുകൊണ്ടേയിരിക്കും ആ താതാത്മ്യത്തിൽ നിന്നുള്ള ഒരു വിടുതൽ അയാളിൽ സ്വയം സംഭവിക്കുന്നില്ല മറിച്ച് അയാൾ നേരത്തെ പറഞ്ഞല്ലോ അസുഖത്വാദിപ്രത്യം ആ വിവേകം അയാളുടെ ഉള്ളിൽ സ്ഫുരിക്കുകയാണെങ്കിൽ ആന്തരികമായി അത് സംഭവിക്കുകയാണെങ്കിൽ പിന്നെ അയാൾ അധ്യായവും എങ്ങനെ ഞാൻ സുഖിയാണ് ഞാൻ ദുഃഖിയാണ് അതുകൊണ്ട് അയാൾക്ക് സ്വയം അങ്ങനെ ഭാവിക്കുന്നതിനോ മറ്റാരെങ്കിലും ഒന്ന് ബോധിപ്പിക്കുന്നതിൻ്റെ ആവശ്യം വരുന്നില്ല അതിൻ്റെയൊന്നും ആവശ്യം വരുന്നില്ല സഹജമായ ഭാവത്തിൽ തന്നെ നിലനിൽക്കുന്നു എഡി അനനവൃത്തഹസ്യ അതനുവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ തന്റെ അസുഖിത്വഭാവം അധ്യാരോപ്യത സുഖിത്വവാദി ലക്ഷണവിശേഷത പിന്നയാളൊന്നും സുഖിത്വം ദുഃഖിത്വം ഇതൊന്നും തന്നെ ആരോപിക്കത്തില്ല യഥാ ഉഷ്ണത്വ വിശേഷപതി അഗ്നി ശീത അഗ്നിയുടെ സ്വഭാവമാണ് ഉഷ്ണം അതിൽ പിന്നെ എങ്ങനെ ശീതത ആരോപിക്കാൻ പറ്റും പറ്റത്തില്ല ഇപ്പൊ തന്റെ അതാണെങ്കിൽ തന്നിൽ പിന്നെ എങ്ങനെ സുഖിത്വം ദുഃഖിത്വമൊക്കെ ആരോപിക്കാൻ പറ്റും ഒന്നും ആരോപിക്കുന്നില്ല എന്നുപറഞ്ഞാൽ ആത്മനിഷ്ഠനിൽ സുഖം ദുഃഖം ഇത്തരം ഭാവങ്ങളില്ലെന്നുള്ളതായിരിക്കാം ഉണ്ടായിരിക്കണം നിർബന്ധമില്ല ഇല്ലായിരിക്കണമെന്നും നിർബന്ധമില്ല ആത്മനിഷ്ഠനിൽ ഇത്തരം ഭാവങ്ങൾ വരാം പക്ഷേ അവിടെ എന്താണോ അധ്യാരോപം സംഭവിക്കത്തില്ല ആ സുഖ ദുപാദികളോടുള്ള താതാത്മ്യം അവിടെ സംഭവിക്കുന്നുണ്ട് അധ്യായം താതാത്മ്യം താൻ സുഖിയാണ് താൻ ദുഃഖിയാണ് എന്ന് സ്വരൂപത്തെ വിസ്മൃതിയോടുകൂടി സ്വരൂപത്തെ വിസ്മരിച്ചുകൊണ്ട് തന്റെ വികാരങ്ങളോട് അയാൾ താതാത്മ്യപ്പെടലില്ല ഞാൻ സുഖിയാണ് ഞാൻ ദുഃഖിയാണെന്ന് അനുഭവിക്കുമ്പോൾ രണ്ടുകാര്യം സംഭവിക്കുന്നു ഒന്നെന്താണ് താൻ അതിനോട് താപകപ്പെടുന്നു മറ്റൊന്നും തന്റെ തന്നെ വാസ്തവ സ്വരൂപത്തിൽ തന്റെ അസുഖിത്വം തന്നെ വിസ്മരിക്കുന്നു ഈ രണ്ടു കാര്യങ്ങളും അവിടെ സംഭവിക്കുന്നില്ല ഏതുപോലെ അഗ്നിസ്വതേ ഉഷ്ണമാണ് അതിൽ ശീതതയെ ആരോപിക്കാത്തതുപോലെ ആത്മാവ് സ്വതേ അസുഖിയാണ് സുഖുഃഖാതീതനാണ് അവിടെ സുഖദുഃഖങ്ങളെ ആരോപിക്കുന്നില്ല പരമാർത്ഥത എന്ന് പറഞ്ഞവിടെ വ്യാഖ്യാനിക്കുന്നു ആത്മാവിന്റെ പാരമായ തത്വം ഇതാണെങ്കിൽ ആത്മനിഷ്ഠന്റെ പാരമാർത്ഥികമായ അവസ്ഥ ഇതാണ് അതാണ് അവിടെ ബോധിക്കുന്നത് ആ ഒരു അവസ്ഥയിലാണ് സുഖദുഃഖങ്ങൾക്ക് അതീതമായിരിക്കുന്ന ഈ നിലയിലാണ് പറയുന്നത് അവൻ സാധകനല്ല മോക്ഷമല്ല മുക്തനല്ല എന്നെല്ലാം പറയുന്ന ഈ നിലയിലാണ് ഇവിടെ യാതൊരു തരത്തിലുള്ള കൃത്രിമത്വങ്ങളുമെല്ലാം തികച്ചു സഹജമായ ആന്തരികമായ ആത്മനിഷ്ഠ അതാണ് പരമാർത്ഥം എന്നിവിടെ ബോധിപ്പിക്കുകയാണ് ആ പരമാർത്ഥ സ്ഥിതി ബാഹ്യമായി പുറമെ നിന്നുകൊണ്ട് ഒരാൾ അളന്ന് മനസ്സിലാക്കാൻ പറ്റിയ ഒന്നല്ല ഊഹിച്ചു മനസ്സിലാക്കാൻ പറ്റിയല്ല പ്രത്യക്ഷാതി പ്രമാണങ്ങളിലൂടെയൊന്നും അന്യനെ വെളിപ്പെടുന്നതല്ല സ്വസംവേദ്യം വശികാരൻ തന്നെ പറയും ജ്ഞാനനിഷ്ഠ നിജസ്ഥിതി സഹജാവസ്ഥ എന്നല്ല നിർവിശേഷ ഏവാത്മന് സുഗുത്യാദിയോ വിരോധാഹ തപ്പിത അതുകൊണ്ടെന്താണിവിടെ സമർത്ഥിക്കുന്നത് നിർവിശേഷമായിരിക്കുന്ന ആത്മാവിൽ സുഖി ദുഃഖി തുടങ്ങിയ വിശേഷങ്ങൾ അവിടെ കൽപ്പിതമാണ് ആ കൽപ്പിതത്തിന്റെ ഭാഗമായി വരുന്നാണ് ബദ്ധരും സാധകനും മോക്ഷവും മുക്തനുമല്ല അസുഖത്വാദി ശാസ്ത്രം ആത്മനഹ സുഖത്വാദി വിശേഷ നിവൃത്തി അതുകൊണ്ട് ശാസ്ത്രത്തിന്റെ പ്രയോജനം പറയണം ശാസ്ത്രം എന്ത് ആത്മാവരുടെ ഈ ശുഭിത്വവാദി വിശേഷധർമ്മങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് അത് അശുഭിത്വത്തെ ബോധിപ്പിക്കുന്നത് സിദ്ധന്തുവർത്താഗമവിധാം സൂത്രം പൂർവാചാര്യന്മാര് പറഞ്ഞിട്ടുണ്ട് ഒരു സൂത്രം ഇങ്ങനെയുണ്ട് സിദ്ധന്തു നിവർത്തകത്വ എന്ന് പറയുന്നു ഇവരെ പൂർവാചാര്യന്മാരാരോ എഴുതിയ ഒരു സൂത്രമാണ് അതാരാണ് ആചാര്യം എന്നുള്ള കാര്യത്തിലൊക്കെ പല അഭിപ്രായങ്ങളുണ്ടും എന്നാലും അവിടെ പറയുന്ന എന്താണോ അദ്വൈതം സിദ്ധമാണ് ശബ്ദത്തെ അതിനെ ബോധിപ്പിക്കുന്നതിനുള്ള ശേഷിയില്ല എന്നാലും എന്തെയ്യുന്നു അനാത്മ വസ്തുക്കളെ അല്ലെങ്കിൽ അനാത്മപ്രത്യയങ്ങളെ അനാത്മാനുഭവങ്ങളെ നിഷേധിച്ചുകൊണ്ട് ശാസ്ത്രം അതിന് പ്രമാണമായി തീരുന്നു ആ നിഷേധത്തിന്റെ അവധിയായി ശാസ്ത്രം അതിനെ ബോധിപ്പിക്കുന്നു ബാധാവധിയായി ബോധിപ്പിക്കുന്നു ശാസ്ത്രം തന്നെ അതിനെ ബോധിപ്പിക്കുന്നു വാസ്തവത്തിനത് ശാസ്ത്രത്തിലൂടെ വെളിപ്പെടുന്നു എന്നല്ല നിർവികൽപകമായ അതിന്റെ സ്ഫുരണം അത് സദാ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ജീവൻ അതിന് നിർവികൽപക സമാധിയിലോട്ട് പ്രാപിക്കേണ്ട കാര്യമൊന്നുമില്ല എന്തുകൊണ്ട് അത് സ്വയം നിർവികല്പകമാണ് അതിന്റെ സ്ഫുരണം നിർവികൽപകമായി സുധാ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാലും ഇതിനിടയ്ക്ക് ഒന്ന് കടന്നു വന്നിട്ടുണ്ടെന്നാണ് അവിദ്യ അതാണ് സർവനാശത്തിനും കാരണം അതിനെ നിവർത്തിപ്പിക്കുന്നതിന് ശാസ്ത്രത്തിന് ശേഷിയുണ്ട് ഉപദേശത്തിന് ശക്തിയുണ്ട് അതാണ് നേതി നേതി എന്നിങ്ങനെ നിവർത്തിപ്പിക്കുന്നത് നിവർത്തിപ്പിക്കാൻ മാത്രമല്ല ശാസ്ത്രം ചെയ്യുന്നത് ആ നിവർത്തികയുടെ അധിഷ്ഠാനമായി ബാധ അവധിയായി പരമാർത്ഥത്തെ അത് ബോധിപ്പിക്കുന്നുണ്ട് അതാണ് സിദ്ധാന്ത നിവർത്തകത്വ ത്യാഗമവിധാംസൂത്രം ആഗമവിത്തുക്കളായ ആചാര്യന്മാർ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രഭാഷ്യക്കാരന് മുമ്പ് തന്നെ അത് പറഞ്ഞിട്ടുണ്ടെന്ന് ഈ അധ്യാസത്തെ താതാത്മ്യത്തെ നിവർത്തിപ്പിക്കുന്നതിനും അതിന്റെ അധിഷ്ഠാനത്തെ ബോധിപ്പിക്കുന്നതിനും ഈ ശാസ്ത്രത്തിന് ശേഷിയുണ്ട് അതാവശ്യമാണ് അതുകൊണ്ട് തന്നെ അദ്വൈതവും ദ്വൈതവും തമ്മിൽ വിനോദവും ഒന്നുമില്ല ദ്വൈതം കൽപ്പിതമാണ് കൽപ്പിതമായതിനും അദ്വൈതത്തിനോട് എതിരിടുന്നതിന് ശേഷിയില്ല അദ്വൈതമെന്ന് പറഞ്ഞാൽ അതിനും പരമാർത്ഥമെന്നേ അർത്ഥമുണ്ട് സത്യം എന്നേ അത് ഇതിനോട് ബോധിക്കാം എന്നാണ് ഇവിടെ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്